ഗുരുക്ഷാത് പരം ബ്രഹ തസ്മ ശ്രീ ഗുരവേ നമ സദാശിവസമാരംഭം ശങ്കചാര്യമധ്യമാ അസ്മദാര്യപര്യ വന്ദേ ഗുരുപരമ്പ നമ്മൾ സാധനാ പഞ്ചകത്തിൻ്റെ ആദ്യ ഭാഗത്താണ് ഉള്ളത് അവിടെ ക്രമമായി നിവൃത്തിമാർഗ ക്രമത്തിനനുസൃതമായി സാധനാനുഷ്ഠാനങ്ങളെ ഒന്നൊന്നായി വിധിക്കുകയാണ് ഏതൊരു മനുഷ്യനും ആവശ്യം ചെയ്തിരിക്കേണ്ടുന്ന സ്വാധ്യായത്തെ പറഞ്ഞുകൊണ്ട് തുടങ്ങി നിത്യവും വേദം പഠിക്കപ്പെടട്ടെ അതുകൊണ്ട് മാത്രമായില്ല വേദോക്തങ്ങളായ കർമ്മങ്ങളെ നല്ല രീതിയിൽ ആചരിച്ചാലും കേവലം പൂർവമീമാംസ ദർശനത്തിനനുസൃതമായി വൈദിക കർമ്മങ്ങളെ കൊണ്ട് വ്യത്യസ്ത ദേവതകളെ യചിക്കുകയാണ് അതിന്റെ ഫലമോ അദൃഷ്ടം പുണ്യം സ്വർഗം ഇവിടെ തീർത്തും ഭാവനയെ ഉയർത്തുന്നു കർമ്മങ്ങളെ കൊണ്ട് ഈശ്വരാരാധനയെ ചെയ്താലും എന്ന് പ്രത്യേകം പ്രത്യേകം ദേവതകളെ സന്തോഷിപ്പിക്കുന്നതിനുള്ള അഥവാ പുണ്യം സമ്പാദിക്കുന്നതിനുള്ള കർമ്മം എന്ന കാഴ്ചപ്പാടിൽ നിന്ന് തീർത്തുമുയർന്ന് ഈശ്വര ഉപാസനയ്ക്കുള്ള ഉപാധിയായി കർമ്മത്തെ മാറ്റുകയാണ് അതാണ് തേന ഈശസ്യ അപചിതി വിധീയതാം എന്ന് പറഞ്ഞത് അങ്ങനെ വൈദിക കർമ്മങ്ങളെ ഈശ്വരാരാധനാപരമായി ചെയ്യുമ്പോൾ ഒരിക്കലും തന്നെ കാമ്യബുദ്ധി ഉണ്ടാവരുതേ നിന്റെ ബുദ്ധി കാമ്യത്തിനുപരി എത്തട്ടെ അത് അപ്രസക്തമായി തീരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ കാമ്യബുദ്ധി ഇല്ലാതെ കർമ്മം ചെയ്താൽ എന്താ പ്രയോജനം ചിത്തശുദ്ധിയാണ് അതായത് നമ്മിൽ തന്നെ ജന്മജന്മാന്തരങ്ങളിലൂടെ സഞ്ചിതങ്ങളായ പാപ സംസ്കാരങ്ങൾ ഇല്ലാതാവുന്നു അങ്ങനെ നീ പാപസമൂഹത്തെ കഴുകിക്കളഞ്ഞാലും ചിത്തശുദ്ധി വരുന്നതിനനുസരിച്ച് അഥവാ മനോമാലിന്യങ്ങൾ നീങ്ങുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ സൂക്ഷ്മ വിചാരത്തിലേക്ക് മനുഷ്യന് സ്വാഭാവികമായി പ്രവേശിക്കാൻ കഴിയും അങ്ങനെ സൂക്ഷ്മ വിചാരശേഷി കൈവരുമ്പോഴാണ് താത്കാലികങ്ങളായ നൈമിഷികങ്ങളായ വിഷയങ്ങളുടെ വിജ്ഞാനം നെട്ടോട്ടമോടുന്നതിന്റെ നിരർത്ഥകത മനസ്സിലാവുന്നത് അതുകൊണ്ട് പറഞ്ഞു ഭവസുഖേ ദോഷ അനുസന്ധീയത എന്നിട്ട് ആത്മേച്ഛാവ്യവസീയതാം ആത്മേച്ഛയെ ഇത്രയും കാലം നീ ദൃശ്യപ്രപഞ്ചത്തിലുഴറി എന്ത് നേടി എനി ദൃക്സ്വരൂപത്തിലേക്ക് നീതിരിയൂ തന്റെ സ്വരൂപജ്ഞാനത്തിനായിക്കൊണ്ട് ഇച്ഛിക്കൂ അതുറപ്പിക്കൂ എന്റെ നിന്നുള്ള പരിമിത ബന്ധനങ്ങൾക്കുപരി നീ ഉയർന്നാലും നിജഗൃഹാത് സ്വന്തം വീട്ടിൽ നിന്നും തൂർണ്ണം പെട്ടെന്ന് തന്നെ വിനിർഗമ്യത പിന്നെന്ത് വേണം സങ്കസത്സുവിധീയതം ഭഗവതോ ഭക്തിർദൃാധീയതം ശാന്ത്യാദി പരിചയതാം ദൃഢതരം കർമാശു സന്യജ്യതാം സദ്വിദ്വാൻപർപ്പതം പ്രതിനം തത്പാദുക്കെ സേവ്യതം ബ്രഹ്മൈകാക്ഷരമർതാം ശ്രുതിശിരോ വാക്യം സമാകർണ്യ്യത സങ്കസത്സുവിധീയത ആത്മേച്ഛ ഉറപ്പിച്ച് സ്വഗൃഹത്തെ പരിത്യാഗം ചെയ്തു ഇനി വളരെ ശ്രദ്ധിക്കണം സത്സുസംഗഹവിധീയത സജ്ജനങ്ങളിൽ സംഘം ചെയ്യുമാറാകട്ടെ സജ്ജന സംസർഗത്തിലൂടെ മാത്രമേ ഇനി മുന്നോട്ടു പോവാൻ സാധിക്കൂ ജീവിതത്തിൽ ഏത് മേഖലയിലുള്ള ആളായാലും തന്നെ തത്വവിചാരത്തിൻ്റെ സൂക്ഷ്മതയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ സത്സംഗം അനിവാര്യമാണ് അതെ അതിവിടെ പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു തുടർന്നാണ് ഇന്ന് ആലോചിക്കേണ്ടത് തുടർന്ന് പറയാണ് ഭഗവതോ ഭക്തിർദൃാധീയതാം ഭഗവത ഭക്തി ദൃഢാഭക്തി ആധീയതാം ആധീയതാം നേടിയാലും റപ്പിച്ചാലും ധരിച്ചാലും എന്ത് ഭഗവതഹ ഭഗവാന്റെ ഭക്തി എങ്ങനെയുള്ള ഭക്തി ദൃഢാഭക്തി ചഞ്ചലമായ ഭക്തിയല്ല എന്തെങ്കിലും കാര്യസാധ്യത്തിനായിക്കൊണ്ടുള്ള ഭക്തിയല്ല भक्ति उ भक्ति उपनिष्त यस्य देवे परा भक्ति यथा देवे तस्य दे कथिता दा गुर महात्मना प्रकाशंते महात्मन परयो ആർക്കാണോ ദേവനിൽ പരമമായ ഭക്തിയുള്ളത് ആർക്കാണോ ഗുരുവിൽ പരമമായ ഭക്തിയുള്ളത് അവന് മാത്രമേ ഈ ശാസ്ത്രത്തിൽ പറഞ്ഞ രഹസ്യങ്ങൾ വെളിപ്പെടൂ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനെ എന്ന് നമ്മൾ നമിക്കാറുണ്ട് ഈശ്വരൻ തന്നെയാണ് ഗുരു അതെ ഗുരു വേറെയല്ല ഭഗവാൻ തന്നെയാണ് ഗുരു ഗുരു തന്നെയാണ് ഭഗവാൻ അപ്പോ സംഘസവിധീയത സജ്ജനങ്ങളിൽ സംഘം വളർത്തു എന്ന് പറഞ്ഞു ഉറപ്പിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ സജ്ജനങ്ങളുമായി സംഘം ചെയ്ത് എന്താണ് നേടേണ്ടത് ഭഗവാനിലുള്ള ഉറച്ച ഭക്തി സത്സംഗത്തിലൂടെ കൂടുതൽ കൂടുതൽ ചിത്തശുദ്ധി കൈവരുന്നതിനനുസരിച്ച് ശുദ്ധമായ ഭക്തി നമ്മളിൽ വളരും ഭക്തി ജ്ഞാനലക്ഷണയാണ് ശുദ്ധമായ ഭക്തി അതെന്തോ കാണിച്ചു കൂട്ടലല്ല പലപ്പോഴും ജ്ഞാനമൊന്ന് വേറെ ഭക്തിയൊന്ന് വേറെ എന്നൊക്കെ പലരും ധരിക്കാറുണ്ട് ശരിയല്ല ജ്ഞാനലക്ഷണയാണ് ഭക്തി അമൃതസ്വരൂപയാണ് ഭക്തി ഈശ്വരനിലുള്ള പരമപ്രേമം അത് ീ പ്രപഞ്ചത്തിന്റെ പാരസ്പര്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഉണ്ടാവുന്നത് ശുദ്ധമായ ഭക്തി നമുക്കുണ്ടാവുന്നത് എവിടെ നിന്നാണ് പലരും പറയാറുണ്ട് ഭയത്തിൽ നിന്നാണ് ഭക്തി ഉണ്ടാവുന്നത് ഒരിക്കലും ശരിയല്ല ഭയത്തു രോഗമാണ് ഭയത്തുന്നുണ്ടാവുന്നത് മാനസിക രോഗങ്ങളാണ് ഭക്തിയല്ല ഒരിക്കലും ഭക്തി ഭയത്തു ഭയത്തുനിന്ന് ഭക്തി ഉണ്ടാവുന്നുവെങ്കിൽ ആ ഭക്തി ഭക്തിയല്ല മറിച്ച് തിരിച്ചറിവിൽ നിന്നാണ് ഭക്തി ഉണ്ടാവുന്നത് ഈ പ്രപഞ്ചത്തിന്റെ പാരസ്പര്യത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് അതെ അത്യത്ഭുതകരമായൊരു നിയമവ്യവസ്ഥയെ നമ്മളിവിടെ കാണുന്നു അനന്ത വൈചിത്ര്യങ്ങളോടുകൂടിയ പ്രപഞ്ചത്തെ നമ്മളിവിടെ കാണുന്നു ഈ കാര്യമാകുന്ന പ്രപഞ്ചത്തിന് കാരണം കൂടിയേ തീരു എന്ന് നമുക്കറിയാം എന്നല്ല ഇവിടെ വ്യക്തമായൊരു നിയമക്രമം ഇന്ന ദേശത്തിന്നത് ഇന്ന കാലത്ത് ഇന്നതെന്ന തോതിലൊരു നിയമക്രമം നമ്മൾ കാണുന്നു എല്ലാത്തിനെയും ചേർത്ത് കോർത്ത് ധരിക്കുന്ന നിയമക്രമം അത്യത്ഭുതമാണത് ഒരു അണുകണം മുതൽ ഈ ബ്രഹ്മാണ്ട അഖിലവും വ്യക്തമായൊരു നിയമക്രമത്താൽ ധരിക്കപ്പെടുന്നു ഒന്നുപോലും അസ്ഥാനത്തില്ല ഒന്നുപോലും ഈ നിയമവ്യവസ്ഥയ്ക്ക് പുറമെയില്ല എല്ലാം ഈ നിയമവ്യവസ്ഥയിൽ അന്തർഭവിച്ചതാണ് എല്ലാം അത് ഏതൊരു ഘടകത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒരണുകണത്തെയാവട്ടെ ഒരേകോശത്തെയാവട്ടെ ഒരു ജീവകോശത്തെ അല്ലെങ്കിൽ ഇവയുടെ സംഘാതങ്ങളായ ശരീരത്തിന്റെ ശരീരങ്ങളുടെ സമൂഹത്തെ സമൂഹങ്ങളുടെ ഒക്കെ ചേരുംപടിയുള്ള ചേർച്ചയാവട്ടെ എത്ര ആഴത്തിൽ നമ്മൾ പഠിക്കുന്നു അത്രയും നമ്മൾ അത്ഭുതപ്പെടും ഇതിനെയെല്ലാം ചേർത്ത് കോർത്ത് നിർത്തിയിരിക്കുന്ന വ്യവസ്ഥയെക്കുറിച്ച് അത്യത്ഭുതപ്പെടും എത്ര കൂടുതൽ ഒരാൾ പഠിക്കുന്നു അത്രയും അയാൾ അതുകൊണ്ട് തന്നെ വിനയാന്യുതനാവും അതെ കാരണം അത്യത്ഭുതകരമായ നിയമവ്യവസ്ഥ ഇതിനെയെല്ലാം ചേർത്ത് കോർത്ത് ധരിക്കുന്നുവല്ലോ ഈ തിരിച്ചറിവിൽ നിന്നാണ് ദൃഢമായ ഭക്തി വരുന്നത് അല്ലാതെ ഭയത്തിൽ നിന്നോ മറ്റെന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയൊന്നുമല്ല അപ്പൊ സജ്ജനങ്ങളുമായുള്ള സംഘത്തിൽ നിന്ന് നിശ്ചയമായും ഈശ്വര മഹിമയാണ് ബോധിക്കുക സജ്ജനങ്ങളുമായി എന്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്തും അതേത് ലൗകിക വിഷയമോ ആകട്ടെ ഏതൊരു ലൗകിക വിഷയം സംസാരിച്ചാലും അത് മുഴുവൻ തന്നെ ഈ പ്രപഞ്ചത്തെ ചേർത്ത് കോർത്തു നിർത്തുന്ന ഈശ്വരീയമായ മഹിമയെക്കുറിച്ചാണ് പര്യവസാനിക്കുക ദുർജനങ്ങളുമായിട്ടുള്ള സംഘത്തിൽ ഈശ്വരകാര്യം പറഞ്ഞു തുടങ്ങിയാലും പരദൂഷണത്തിലോ മറ്റെന്തില്ലെങ്കിലും ആ പോയി അവസാനിക്കുക ഈശ്വരകാര്യം ആ പറഞ്ഞു തുടങ്ങുക പക്ഷേ ക്രമേണ്ണം എല്ലാം തെന്നി തെന്നെ തെന്നെ തെന്നെ തെന്നെ തീർത്തും എന്തെങ്കിലും കുശുമ്പോൾ എന്തെങ്കിലും പറയുന്നതിൽ അവസാനിക്കും അത് സജ്ജനങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും വർത്തമാനം തുടങ്ങിയാൽ പോലും അത് എത്തിച്ചേരുക ഈശ്വര മഹിമയിലായിരിക്കും അതുകൊണ്ട് സജ്ജന സംസർഗം ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് പറയണത് അതിലൂടെ നീ ഈ ഭഗവൻ മഹിമ മനസ്സിലാക്കി അചഞ്ചലമായ ഭക്തിയെ നേടൂ ശ്രദ്ധിക്കാം ഭഗവതോ ഭക്തിർദൃാധീയതാം ഭഗവാന്റെ ദൃഢമായ ഭക്തിയെ നീ ഉറപ്പിച്ചാലും ദൃഢമായ ഭക്തി ചഞ്ചലമായ ഭക്തിയല്ല ചഞ്ചലമായ ഭക്തി പല കാര്യസാധ്യത്തിനുള്ളതാവും ദേശത്തിനും കാലത്തിനും അനുസരിച്ച് മാറുന്നതാവും എന്നാൽ ദൃഢഭക്തി അത് അച്ചഞ്ചലമായ ഭക്തിയാണ് അചഞ്ചലമായ ഭക്തി അപ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഇതിന്റെ പാരസ്പര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി ഇതിനെ മുഴുവൻ ചേർത്ത് കോർത്ത് നിർത്തുന്ന അത്ഭുതകരമായ വ്യവസ്ഥയെ മനസ്സിലാക്കി അതിൽ സ്വാഭാവികമായി ദൃഢമായ ഭക്തി ഉണ്ടായി ശ്രദ്ധിക്കുക ഇവിടെ ഭക്തി എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ ഉയർന്നതാണ് കച്ചവടമൊന്നുമല്ല ഞാൻ ഇത് ഭഗവാനെ അതിന് പകരം നീ എനിക്ക് അതും അതൊന്നുമല്ല ഇത് ദൃഢമായ ഭക്തി എന്നിട്ടോ അങ്ങനെ ഭക്തി നേടിക്കഴിഞ്ഞാൽ മനസ്സിന്റെ നിയമനം ശീലിക്കൂ ശാന്ത്യാതി शांतिव पच शम दम शांति आदि और साधक सूक्ष्म वस्तुबोधर साधक അതിന് യോജിച്ച സമ്പന്നത ഉണ്ടാവണം ഇവിടെ ആത്മ ജിജ്ഞാസുവായൊരു സാധകൻ അല്ലെങ്കിൽ ബ്രഹ്മാത്മൈക്യ ജ്ഞാനത്തിലേക്ക് ഉയരേണ്ടുന്നൊരു സാധകൻ അവന് പ്രഥമമായ ആശ്രയം ഗുരുവിൽ ശ്രവണമാണ് അതിനി പറയാൻ പോകുന്നു പക്ഷെ ശ്രമിക്കണമെങ്കിൽ അതിനുള്ള യോഗ്യത വേണം യോഗ്യതയില്ലാത്ത ഒരാൾക്ക് ശ്രമിക്കാൻ പറ്റില്ല ഏതൊരു തലത്തിൽ പ്രവേശിക്കുന്നതിന് നമുക്ക് യോഗ്യത വേണം സൂക്ഷ്മ വസ്തുജ്ഞാനത്തിന് യോഗ്യത വേണമെന്നുള്ളത് പറയേണ്ടതില്ല എല്ലാവർക്കും എല്ലാം ഉള്ളതല്ല എല്ലാവർക്കും എന്തെല്ലാമൊക്കെയുണ്ട് അത് സമ്മതിച്ചു പക്ഷെ എല്ലാവർക്കും എല്ലാം ഇല്ല ഓരോ മേഖലയിലും ഉയരുന്നതിന് നമുക്ക് അധികാരം വേണം നിർബന്ധമാണ് അപ്പൊ ഇവിടെ സൂക്ഷ്മ തത്വജ്ഞാനം അല്ലെങ്കിൽ സാക്ഷാത്കാരം അതിലേക്ക് ഉയരുന്നതിന് ശ്രവണം ചെയ്യുന്നതിന് എന്ത് വേണം ഏറ്റവും പ്രഥമമായി ശാന്ത്യാദി ശമം ദമം ഉപരതി തിദിക്ഷ ശ്രദ്ധ സമാധാനം ഈ സാധനകൾ വേണം ഇത് സമ്പത്താണ് ഈ സമ്പത്ത് വേണം ശമം മനസ്സ് തീർത്തും നിയന്ത്രിതമായ അവസ്ഥ തന്റെ നിയമനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന മനസ്സിന്റെ ഭാവം മനസ്സെപ്പോഴും നമുക്ക് അധീനത്തിൽ വേണം ഇന്ദ്രിയങ്ങൾ എപ്പോഴും നമുക്ക് അധീനത്തിൽ വേണം ഇന്ദ്രിയങ്ങൾ നമ്മുടെ അധീനതയിൽ വയ്ക്കുന്നതാണ് ദമം ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുന്നത് ദമം മനസ്സിനെ നിഗ്രഹിക്കുന്നത് ശമം ഇവ രണ്ടും പരസ്പരം ബന്ധപ്പെട്ടതാണ് കാരണം ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് തള്ളിവിടുന്നത് മനസ്സാണ് മനസ്സിനെ വിഷയങ്ങളിലേക്ക് വലിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ് ഈ തള്ളുക വലിക്കുക അതാ പ്രക്രിയ ഇപ്പൊ ഇവിടെ ശ്രദ്ധയോടുകൂടി ഇത് കേട്ടിരിക്കുമ്പോ അഥവാ കേൾക്കാനിരിക്കുമ്പോ നല്ല രൂപം ഇവിടെ വന്ന് നിന്നാൽ മതിയാണോ പെണ്ണോ എന്തോ ആട്ടെ കണ്ണ് രണ്ടും അങ്ങോട്ട് പോവും കണ്ണ് മാത്രമേ പോളോ കണ്ണ് മാത്രമേ പോളൂ ചേർ കുഴപ്പമില്ല അല്ല വേറൊരാളും കൂടെ പോകുന്നുണ്ട് അല്ലെങ്കിൽ നല്ലൊരു പാട്ട് അവിടുന്ന് ഇങ്ങനെ വന്നാൽ മതി ചെവി രണ്ടും പോവും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരുക്കിയേ വർക്കൊക്കെ ചെയ്യണം വാസന അവിടുന്ന് ഇങ്ങനെ വന്നാൽ മതി മൂക്ക് രണ്ടും പോവും ഇങ്ങനെ ഓരോ ഇന്ദ്രിയവും തന്നെ അതത് വിഷയത്തിന്റെ പിന്നാലെ നട്ടോട്ടം ഓടുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോവും നമ്മുടെ ലക്ഷ്യമെന്ത് ബാഹ്യമായൊരു വ്യാപാരത്തിൽ വിജയിക്കണമെങ്കിൽ പോലും ഇന്ദ്രിയ മനോനിയന്ത്രണം മുഖ്യമാണ് എന്നിരിക്കെ സൂക്ഷ്മമായ തത്വബോധത്തിന്റെ വിഷയത്തിൽ പറയാനുണ്ടോ അതുകൊണ്ട് സത്സംഗം ചെയ്ത് ഭഗവാനിലുള്ള ഉറച്ച ഭക്തി നേടിക്കഴിഞ്ഞാൽ നമ്മൾ അന്ധകരണത്തിൻ്റെ ഏകാഗ്രതയെ നേടണം ഇന്ദ്രിയങ്ങളുടെ മുകളിൽ നിയമനം വേണം അങ്ങോ ഇങ്ങും പരധി നടക്കുന്ന കണ്ണും ചെവിയും മൂക്കും ഒക്കെയായിട്ട് വയ്യ ഇതൊക്കെ നമ്മുടെ അധീനത്തിൽ വയ്ക്കണം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സുഖം ദുഃഖം മാനം അപമാനം ശീതമുഷ്ണം പൂജാ പരിഭവം സ്തുതി നിന്ദ ഇങ്ങനെ ദ്വത്വങ്ങൾ വരിക തന്നെ ചെയ്യും സുഖമുണ്ടെങ്കിൽ ഉറപ്പാണ് ദുഃഖമുണ്ടാവും സുഖം മാത്രമായിട്ട് വേണമെന്ന് പറഞ്ഞാൽ സാധിക്കില്ല എപ്പോഴെങ്കിലും ആരെങ്കിലും നമ്മൾ എവിടെന്നെങ്കിലും പൂജിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും എവിടെന്നെങ്കിലും പരിഭവം പറയുന്നുണ്ടാവും ആരെങ്കിലും സ്തുതിക്കുന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും നിന്ദിക്കുന്നുണ്ടാവും ഉറപ്പാണ് ഒരു ശീതമുണ്ടെങ്കിൽ ഒരു ഉഷ്ണുണ്ടാവും ഈ ദ്വന്ദ്വങ്ങൾ പ്രപഞ്ചത്തിൻ്റെ നിയമമാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വരുന്ന ദ്വന്വങ്ങളെ ശാരിക്ക് സഹിക്കാനുള്ള കഴിവ് വേണം ദുഃഖം സഹിക്കാൻ പഠിച്ചാൽ പോരാ ദുഃഖം സഹിക്കുന്നതിനേക്കാൾ മുഖ്യമാണ് സുഖം സഹിക്കുന്നത് കാരണം പൊതുവെ ദുഃഖം സഹിക്കല്ലാണ്ട് വല്ല വഴിയുണ്ടോ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങൾ ഉണ്ടായിച്ചോളൂ സഹിക്കല്ലാണ്ട് എന്തെങ്കിലും വഴിയുണ്ടോ ഒരു വഴിയില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ എല്ലാവരും സഹിക്കും ദുഃഖത്തെ പക്ഷെ സുഖം സഹിക്കാൻ ഭൂരിഭാഗം പേർക്കും അറിയില്ല എന്തെങ്കിലും ചില ഭൗതിക സുഖ സാഹചര്യങ്ങൾ വന്നാൽ മതി സ്വയം അഹങ്കരിച്ച് നശിക്കുന്നതാണ് ഭൂരിഭാഗം മനുഷ്യരുടെയും സ്ഥിതി അതുകൊണ്ട് ജീവിതത്തിൽ വന്നു ചേരുന്ന ദ്ത്വങ്ങളെ സഹിക്കാൻ കഴിയണം അതിന് പറയുന്ന പേരാണ് തിദീക്ഷ പിന്നെ ഇവിടെ ഈ ലോകത്തിലെ വിവിധ വിഷയങ്ങൾക്ക് പിന്നാലെ പോയിട്ടുണ്ട് സുഖം അന്വേഷിച്ചിട്ടുണ്ട് കുറേ സുഖം നേടിയിട്ടുണ്ട് കുറെ ദുഃഖവും നേടിയിട്ടുണ്ട് പക്ഷേ ആത്യന്തികമായ ആനന്ദപ്രാപ്തി ഈ വിഷയങ്ങളിലൂടെ ഒന്നും പ്രാപിക്കാൻ കഴിയില്ല എന്നുറച്ച ബോധം കൈവന്നിട്ടാണവൻ വീട് വിട്ടത് അതെ ഇനി എന്ത് വേണം വീണ്ടും വിവിധ കർമ്മ പദ്ധതികളിൽ കുടുങ്ങിക്കൂടാം വീണ്ടും പല പല ലോകങ്ങളെ പ്രാപിക്കുന്നതിനായിക്കൊണ്ടുള്ള കർമ്മങ്ങളിൽ കുടുങ്ങിപ്പോകാം അതുകൊണ്ട് വിചാരത്തിലൂടെ സർവകർമ്മങ്ങളെയും ഉപേക്ഷിക്കുന്ന അല്ലെങ്കിൽ സർവകർമ്മങ്ങളെയും അതിക്രമിക്കുന്ന അവസ്ഥയിലേക്ക് എത്തണം അതാണ് ഉപരതി ഉപരതി ഹി സന്യാസം എന്നൊക്കെ ആചാര്യന്മാർ പറഞ്ഞുതരും ഉപരതിക്ക് വേറൊരു താല്പര്യം സ്വാഭാവികമായി അയത്നപൂർവമായി ഇന്ദ്രിയ മനസ്സുകളെല്ലാം നിയമിതമായി തന്നിൽ തന്നെ കുടികൊള്ളുന്ന അവസ്ഥാവിശേഷമാണ് ഉപരതി ശ്രദ്ധ ഗുരുശാസ്ത്രവാക്യങ്ങളിലുള്ള സത്യത്വ ബുദ്ധി അതെ ശാസ്ത്ര ഗുരുവാക്യസ്യ സത്യബുദ്ധിയാവധാരണം ഇതാണ് സത്യത്വബുദ്ധിയോടുകൂടി ശാസ്ത്രവാക്യത്തെ ഗുരുവാക്യത്തെ സ്വീകരിക്കുന്നതാകുന്നു ശ്രദ്ധ സകല സാധനകളിലും വെച്ച് ഏറ്റവും പ്രധാനം ശ്രദ്ധയാണ് മറ്റെല്ലാ സാധനകളും ഉണ്ട് ശ്രദ്ധ ഇല്ലാച്ചാൽ ഒരു പ്രയോജനമില്ല വേറെ എല്ലാ സാധനങ്ങളിലും കുറച്ച് കുറച്ച് കുറവുണ്ട് പക്ഷേ ശ്രദ്ധ നല്ലവണ്ണം ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ താരുണ്ടായിക്കോളും അതുകൊണ്ട് ശ്രദ്ധയാ സത്യമാപ്പിയതേ ശ്രദ്ധ കൊണ്ടാണ് സത്യത്തെ നേടുന്നത് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ശ്രദ്ധയുള്ളവൻ ജ്ഞാനപ്രാപ്തനാകുന്നു ശ്രദ്ധ മുഖ്യമാണ് ശ്രദ്ധാവതാമേവ സദാം പുമർത്ത സമീരിത സിദ്ധ്യതി നേതരേഷാം ശ്രദ്ധയുള്ള സജ്ജനങ്ങൾക്കാണ് ശാസ്ത്രോക്തമായ ഫലം പ്രാപിക്കാൻ കഴിയുന്നതിനായി ലേഷാം വേറെ ആർക്കുമല്ല ശ്രദ്ധ മുഖ്യമാണ് സർവസാധനകളിലും ഏറ്റവും മുഖ്യമാണ് പിന്നെ ഇതൊക്കെ ഉണ്ട് എന്തിനാ പുറപ്പെടുന്നത് പുറപ്പെടുന്നത് ശ്രവണം ചെയ്യാനാ എവിടുന്ന് ഗുരുനാഥന്റെ അടുത്തൊന്നും അപ്പോ അവിടെ ഗുരുനാഥൻ ഉപദേശിക്കുന്നത് കേൾക്കാനുള്ള സമാധാനം വേണ്ടേ ശരി വലിയ കേമ തരത്തിൽ ഗുരുവിന്റെ അടുത്ത് ശ്രവണം ചെയ്യാൻ പോയി ഇരുന്നിട്ട് നാട്ടു വർത്തമാനം പറഞ്ഞിരിക്കുകയേ അല്ലെങ്കിൽ മനസ്സുകൊണ്ട് വേറെ ഓരോന്ന് ആലോചന ചെയ്തിരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് അവിടെ പോണേ ഇന്നലെ അങ്ങനെ ഉണ്ടായില്ലേ മിഞ്ഞാന്ങ്ങനെ ഉണ്ടായില്ലേ നാളെ പൊന്ന് അത് ഉണ്ടാവുവോ അവൻ എന്നോട് അത് പറഞ്ഞു കഴിഞ്ഞില്ലേ ഇല്ലേ ഇങ്ങനെയൊക്കെ പലത് ചിന്തിക്കാനാണ് എന്തിനാ പിന്നെ അതുകൊണ്ട് തന്നെ ഗുരുവിൽ നിന്ന് ശ്രവണം ചെയ്യുമ്പോൾ ശ്രവിക്കുന്നതിനുള്ള സമ്യക് ആധാനം ചെയ്യപ്പെട്ട മനസ്സിൻ്റെ ഭാവം വേണം സമ്യക് ആധാനം ചെയ്ത മനസ്സിൻ്റെ ഭാവമാണ് സമാധാനം ഇതാവശ്യമാണ് ഈ ആറ് സമ്പത്തുക്കൾക്ക് പറയുന്ന പേരാണ് ശാന്തിയാദി ശമം തുടങ്ങിയവ ശമാധിഷ്ക സമ്പത്തി എന്ന് പറയും ഇതൊക്കെ സമ്പത്താണ് സമ്പത്ത് സമ്പാദിക്കേണ്ടതാണ് പോരാ സമ്പാദിച്ചു എന്നുള്ളത് കൊണ്ട് ആരും സമ്പന്നനാവാറില്ല സമ്പാദിച്ചതിനെ നിലനിർത്തണം വളർത്തണം സമ്പാദിച്ചതിനെ നിലനിർത്തുകയും വളർത്തുകയും ചെയ്യുമ്പോഴേ ഒരാൾ സമ്പന്നനായി തുടരൂ അതുപോലെ ഈ സമ്പത്തുകളെയൊക്കെ നമ്മൾ ആർജിക്കേണ്ടതാണ് വേറെ ആരും നമുക്ക് തരില്ല രണ്ട് സമ്പാദിച്ച ഇവയെ പരിപാലിക്കണം വളർത്തണം ഇവയെ നല്ലപോലെ പരിചയിക്കൂ നേടൂ സഞ്ചയിക്കൂ നേടിയെടുക്കൂ വ്യക്തമാണല്ലോ ശാന്ത്യാദി പരിചയതാം എങ്ങനെ ദൃഢതരം നല്ലപോലെ ഇതൊക്കെ അല്പമായിട്ടു ആവാം ഈ ശമം തുടങ്ങിയ ഗുണങ്ങൾ അല്പവിശേഷമായിട്ടൊക്കെ ആവാം നമുക്ക് കുറച്ചൊക്കെ ശമമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും കുറച്ച് ദമം എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ അത് പോരാ ദൃഢതരമായിട്ട് വേണം അഥവാ ദൃഢതരം എന്നുള്ളതിനെ അടുത്തതിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ദൃഢതരം കർമാശു സന്ധ്യജ്യതാം കർമ്മ ആശു ദൃഢതരം സന്ധ്യജ്യതാം കർമ്മത്തെ പെട്ടെന്ന് തന്നെ നല്ലതുപോലെ ഉപേക്ഷിച്ചാലും ലൗകിക കർമ്മങ്ങൾ വൈദിക കർമ്മങ്ങൾ ഈ ലൗകിക വൈദിക കർമ്മങ്ങൾ മുഴുവൻ നീ ഉപേക്ഷിച്ചാലും അതെ പിൻ എങ്ങനെയാണ് കർമ്മങ്ങളെ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് അദ്ദേഹം ഉള്ള കാലത്തോളം കർമ്മം ചെയ്യണമല്ലോ പിന്നെങ്ങനെ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നു അവിടെ താല്പര്യം ഇത് ഞാൻ ചെയ്യുന്നു ഇതെന്റെ കർമ്മം എന്ന ഭാവനയോടുകൂടി നമ്മൾ പല പല കർമ്മങ്ങളിൽ മമത്വബുദ്ധിയോടുകൂടെ അനുഷ്ഠിക്കുകയാണ് എന്ത് ചെയ്യുന്നുണ്ടോ അതിലൊക്കെ മമത്വ ബുദ്ധി ഇത് ഞാൻ ചെയ്യുന്നു അഹങ്കാരം ഇതെനിക്ക് മമത്വം <inaudible> ീ അഹങ്കാര മമത്വങ്ങളോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളാണ് നമ്മളെ ബന്ധിക്കുന്നത് ഈ ബന്ധന സ്വഭാവത്തോടുകൂടിയ കർമ്മങ്ങൾ നീ ഉപേക്ഷിച്ചാലും ലൗകികവും വൈദികവുമായ കർമ്മങ്ങൾ ഞാൻ എന്റെ എന്നുള്ള ഭാവനയോടുകൂടി ഇവയെ ചെയ്ത് ഏത് ചെയ്യുന്നുണ്ടോ എല്ലാത്തിലും എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും ഒരു സകാമ ഭാവന ഉണ്ടാവും അങ്ങനെ സകാമഭാവനയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങൾ നീ ഉപേക്ഷിച്ചാലും ഇവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട് എപ്പോഴാണ് കർമ്മത്തെ സന്യസിക്കാൻ അധികാരം ഇവിടെ പൂർണ്ണമീമാംസകർ പറയുന്നത് ഒരു കാരണവശാലും കർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ അധികാരമില്ല വിഹിത കർമ്മങ്ങളെ ചെയ്യുക തന്നെ വേണം ഒരു കാരണവശാലും ഉപേക്ഷിക്കരുതെന്നാണ് പൂർണമീമാംസകർ പറയുന്നത് നിത്യകർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ പാടില്ല തീർച്ചയായി ചെയ്യണം എത്ര കാലം ജീവിച്ചിരിക്കുന്ന അത്രയും കാലം അപ്പോ വേദം കർമ്മസന്യാസത്തെയും വിധിക്കുന്നുണ്ടല്ലോ അതോ ഏ കർമ്മസന്യാസമൊന്നും പാടില്ല എന്നാണ് പൂർണ്ണമീമാംസകർ പറയുക എന്നാൽ വേദത്തിൽ കർമാചരണവും കർമ്മസന്യാസവും ഒരുപോലെ വിധിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട് എപ്പോഴാണ് ഒരാൾക്ക് കർമ്മ സന്യാസം ചെയ്യാൻ അധികാരമുള്ളത് എത്ര കാലം വരെ ഒരാൾക്കോ ഞാൻ ഈ ശരീരം തന്നെയാണ് എന്ന ബോധമുണ്ടോ അത്രയും കാലം അയാൾ വിഹിത ചെയ്തേ മതിയാവും എന്നാൽ വിവേകത്തിലൂടെ ഇതല്ല ഞാൻ ഇതെൻ്റതാണ് ഞാനിതിനുപരിയാണ് എന്നാൽ എന്താണെൻ്റെ സ്വരൂപം എന്നൊട്ട് സാക്ഷാത്കരിച്ചിട്ടുമില്ല തന്റെ സ്വരൂപം എന്താണ് താൻ ആരാണ് എന്ന് സാക്ഷാത്കരിച്ചിട്ടില്ല പക്ഷേ അറിയാം എന്താ ഇത് ഞാൻ അല്ല ഇതൊരു ഉപാധിയാണ് എന്ന് മാത്രമല്ല എന്താണ് തൻ്റെ സ്വരൂപം എന്നറിയാനുള്ള ദൃഢമായ ഇച്ഛയുണ്ട് വിഭിതിഷ അറിയാനുള്ള ഇച്ഛ ഈ തലത്തിലുള്ള ആൾക്കാണ് കർമ്മസന്യാസത്തിന് അധികാരം യാവശരീരാഷുമായയാമധീ താവത് വിധേയോ വിധിവാദകർമ്മ നേതീതി വാക്യൈരഖിലം നിഷിദ്ധ്യത ജാ പരാത്മാനമധത്യജേത്കരി എത്ര കാലം ഒരാൾക്ക് ശരീരം തുടങ്ങിയ ഉപാധികളിൽ ഞാനെന്ന ദൃഢപ്രതിപത്തിയുണ്ടോ അത്രയും കാലം വേദോക്തങ്ങളായ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് തന്നെ ജീവിക്കണം എന്നാൽ ഇതല്ല ഇപ്രകാരമല്ല പരമസത്യം എന്ന ദൃഢബോധം വന്നു എന്നാൽ പരമാത്മതത്വം സാക്ഷാത്കരിച്ചിട്ടുമില്ല ആ ഒരു തലത്തിൽ നേതീതിവാക്യയിൽ അഖിലം നിഷിദ്ധ്യത ഈ ദൃശ്യപ്രപഞ്ചത്തെ മുഴുവൻ നിഷേധിച്ചിട്ട് ജ്ഞാത്വാപരാത്മാനം ഈ ദൃശ്യവർഗങ്ങളിൽ നിന്നെല്ലാം വിലക്ഷണമായ പരമാത്മതത്വത്തെ കുറിച്ചറിഞ്ഞിട്ട് ഒരാൾക്ക് സർവകർമ്മങ്ങളെയും ഉപേക്ഷിക്കാം ഇത് ശാസ്ത്രത്തിൻ്റെ നിർണയമാണ് അതുകൊണ്ട് അത്യന്തം അറിയുക എന്നത് മാത്രം ലക്ഷ്യമായിരിക്കുന്ന ഒരാൾക്ക് കർമ്മസന്യാസത്തിന് അധികാരം ഉണ്ട് അല്ലാത്ത കാലത്തോളം ഒരാൾ കർമ്മങ്ങളെ ആചരിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ ഇവിടെ ശാന്തി തുടങ്ങിയവയെ നീ പരിചയിച്ചില്ലേ സജനങ്ങളുമായി സംഘം ചെയ്തില്ലേ ദൃഢമായ ഭക്തിയെ ആർജിച്ചില്ലേ ഇനിയൊരു കാര്യം ചെയ്യൂ പെട്ടെന്ന് തന്നെ കർമ്മങ്ങളെ ഉപേക്ഷിക്കൂ സന്യസിക്കൂ ഞാൻ ചെയ്യുന്നു ഇതിന്റെ ഫലം എനിക്കെന്നുള്ള അഹങ്കാര മമത്വങ്ങളോടുകൂടിയുള്ള കർമ്മം എന്നെ ഉപേക്ഷിച്ചാലും ഇനി എന്ത് വേണം സദ്വിദ്വാനുപസർപ്പ്യതം പടഭേദമുണ്ട് സദ്വിദ്വാൻ ഉപസേവ്യതാം രണ്ടും അർത്ഥവും തന്നെയാണ് സദ്വിദ്വാൻ ഉപസേവിക്കപ്പെടട്ടെ സദ്വിദ്വാൻ പ്രാപിക്കപ്പെടട്ടെ സജ്ജനങ്ങളുമായി സമൂഹം ചെയ്തു ഭഗവത്ഭക്തി ദൃഢമായി ചെയ്തു മനസ്സിന്റെ ഇന്ദ്രിയങ്ങളുടെയൊക്കെ നിയന്ത്രണം നേടി കർമ്മങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്തു ഇപ്പൊ നീ സന്യാസിയാണ് കർമ്മങ്ങളെ സന്യസിച്ചു കഴിഞ്ഞു ഇനി എന്ത് വേണം സദ്വിദ്വാനുപസേവ്യതാം അഥവാ സദ്വിദ്വാൻ ഉപസർപ്പതാം സദ്വിദ്വാൻ ഉപസേവിക്കപ്പെടട്ടെ സദ്വിദ്വാൻ പ്രാപിക്കപ്പെടട്ടെ തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗേത് സമിത്പാണിഹി ബ്രഹ്മനിഷ്ഠം ശ്രുതി വ്യക്തമായി പറയുന്നു തദ്വിജ്ഞാനാർത്ഥം പരമമായ സത്യസാക്ഷാത്കാരത്തിനായിക്കൊണ്ട് സഗുരുമേവാധികേത് ജിജ്ഞാസു ഗുരുവെ തന്നെ പ്രാപിക്കണം ഗുരുവെ തന്നെ പ്രാപിക്കണം സമിത്പാണിഹി സമിത്ഭാരമേന്തിയിട്ട എപ്രകാരമാണോ അഗ്നിയിൽ സമർപ്പിക്കപ്പെടുന്ന സമിത ഭസ്മീകൃതമാകുന്നത് അതുപോലെ തന്റെ അഹങ്കാര മമത്വങ്ങളുടെ മുഴുവൻ ഭസ്മീകരണം ആ ഒരു ഭാവനയോടുകൂടി സമിതയെന്തിയിട്ട് ഗുരുനാഥനായിരിക്കെ പോകണം ഏത് ഗുരുനാഥൻ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുനാഥൻ ഗുരുനാഥൻ ശ്രോത്രിയനായിരിക്കണം താൻ തന്റെ സ്വാനുഭൂതിയുടെ നിറവിൽ നിന്നാണ് ഉപദേശിക്കുന്നതെങ്കിലും ഉപദേശിക്കുന്നതിനുള്ള ഓരോ വാക്യവും തന്നെ ഗുരുനാഥനിൽ നിന്ന് ലഭിച്ചതായിരിക്കും ആ ഗുരുനാഥനും അങ്ങനെ തന്നെ ആ ഗുരുനാഥനും അങ്ങനെ തന്നെ അങ്ങനെ പരമ്പരാപ്രാപ്തമായ അറിവോടൊത്തവരും അവരാണ് ശ്രോത്രിയന്മാർ വിധിപദ് അധീതശ്രുത വിധിപ്രകാരം അധ്യയനം ചെയ്തവർ അധീത ശ്രുതിസമ്പന്ന അധ്യയനം ചെയ്ത് ശ്രുതി സമ്പന്നനായവൻ അവനാണ് ശ്രോത്രിയ അതെ അനാദിയായ ഗുരുപരമ്പരാപ്രാപ്തമായ അറിവോടുകൂടിയവൻ അവനാണ് ശ്രോത്രിയ പഠിച്ചവൻ അവൻ അനേക ശാസ്ത്രങ്ങളെ സഞ്ചയിച്ചിട്ടുണ്ട് ാണ് ശ്രോത്രിയ എന്നാൽ ഗുരുനാഥൻ ശ്രോത്രിയൻ മാത്രായാ മതിയോ ബ്രഹ്മനിഷ്ഠനായിരിക്കണം ബ്രഹ്മണി നിതരാം തിഷ്ഠതീതി ബ്രഹ്മനിഷ്ഠ താൻ ഉപദേശിക്കുന്ന ബ്രഹ്മതത്വത്തിൽ തന്നെ അഭിന്നമായി ചരിക്കുന്നവനായിരിക്കണം ശ്രദ്ധിക്കുക താൻ ഉപദേശിക്കുന്ന തത്വമൊന്നും വേറെ താനൊന്നും വേറെ അല്ല അഭിന്നവൃത്തനാണ് ബ്രഹ്മനിഷ്ഠ ഇങ്ങനെ ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുനാഥനെ വേണം പ്രാപിക്കേണ്ടത് ശ്രോത്രീയം ബ്രഹ്മനിഷ്ഠം അങ്ങനെയുള്ള സദ്വിദ്വാനുപസർപ്പ്യതാം സദ്വിദ്വാൻ ഉപസേവ്യതാം ഭഗവത്ഗീതോപദേശത്തിൽ ഇതാ ഇപ്പൊ ഭഗവാൻ അങ്ങോട്ട് ഉപദേശിക്കും പരമമായ ജ്ഞാനത്തെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സന്ദർഭം അപ്പെന്താ ഭഗവാൻ പറയണത് തദ്വിദ്ധി അതിനെ നീ മനസ്സിലായിക്കോളൂ ഇതെന്തൊരു തട്ടിപ്പാണത് ഇപ്പൊ പറഞ്ഞു തരുന്ന് വിചാരിച്ച് കാതുകൂർപ്പിച്ചിരിക്കുമ്പോഴാ പറയണത് തദ്വിദ്ധി അതിനെ നീ മനസ്സിലായിക്കോളൂ പ്രണിപാതേന നമസ്കാരം കൊണ്ട് പരിപ്രശ്നേന ദേശകാലങ്ങൾക്കനുസരിച്ച് സംശയങ്ങളെ ചോദിക്കുന്നതിലൂടെ സേവയാ സേവ ചെയ്യുന്നതിലൂടെ എങ്കിൽ ഉപദേക്ഷ്യന്തി ജ്ഞാനം ജ്ഞാനിന തത്വദർശിന തത്വദർശികളായ ജ്ഞാനികൾ നിനക്ക് തത്വത്തെ ഉപദേശിച്ചരും അങ്ങനെയുള്ളവരെടുത്തുപോയിക്കോളൂ എന്നാണ് പറയണത് സദ്വിദ്വാനുപസർപ്പിയതാം സദ്വിദ്വാനാണ് വിദ്വൻ അറിഞ്ഞവൻ വിദ്വാൻ അറിഞ്ഞവൻ അറിവോടത്തവൻ അതും സദ്വിദ്വാൻ സത്ത് ആത്യന്തികമായ സത്യം നാശരഹിതം സർവപ്രപഞ്ചവികാരങ്ങൾക്കും അധിഷ്ഠാനമെന്തോ അത് സത്ത് ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നുണ്ട് നാളെ ഉണ്ടാവും കാലാതീതമായ ഉണ്മയാണ് സത്ത് അസ്തിത്വം മാത്രമാണ് സത്ത് എല്ലാം നിലകൊള്ളുന്നത് സത് അധിഷ്ഠാനത്തിലാണ് പരമാത്മാവെന്ന് വിളിച്ചോളൂ ഈ സത്വത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്ന വിദ്വാനാണ് സദ് വിദ്വാൻ പിന്നെ ശ്രേഷ്ഠനായ വിദ്വാനെന്നും പറയാം അതെങ്ങനെ ചോദിച്ചാൽ ഗീതയിൽ ഒരിടത്ത് ഭഗവാൻ പറയുന്നുണ്ട് സദ്ഭാവേ സാധുഭാവേ ച സതിത്യേത പ്രയുജ്യതേ സദ്ഭാവത്തിലും സാധുഭാവത്തിലും സത്തെന്ന് പറയുന്നു സാധുഭാവം ശ്രേഷ്ഠഭാവം അപ്പോ സദ്വിദ്വാൻ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠനായ വിദ്വാൻ സത്തത്വത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്ന വിദ്വാൻ ഇങ്ങനെയുള്ള വിദ്വാൻ ഉപസേവിക്കപ്പെടട്ടെ സദ്വിദ്വാനെ കൂടാതെ വയ്യ അതുകൊണ്ട് നീ സദ്വിദ്വാനെ പ്രാപിച്ചാലും സദ്വിദ്വാനെ പ്രാപിച്ചു എന്ത് ചെയ്യണം പ്രതിദിനം തത്വാതുകേ സേവ്യതാം ദിവസവും അവന്റെ പാദങ്ങളെ സേവിച്ചാലും പ്രതിദിനം എല്ലാ ദിവസവും ഗുരുനാഥന്റെ പാദസേവ ചെയ്താലും പാദസേവ ചെയ്യാന്ന് പറയുമ്പോ തീർത്തും സമർപ്പണ ഭാവത്തോടുകൂടി ഗുരുസേവ ചെയ്യുക അതെ സേവ മുഖ്യമാണ് എത്ര കണ്ട് നമ്മൾ നമസ്കാരം സേവ തുടങ്ങിയവ ചെയ്യുന്നുണ്ടോ അത്രയും നമ്മുടെ അന്ധകരണം ശുദ്ധമായി വരും നമ്മൾ സേവിച്ചതുകൊണ്ട് നമസ്കരിച്ചതുകൊണ്ട് ഗുരുനാഥനൊരു ഗുണമില്ല ഒരു ദോഷവും ഇല്ല മറിച്ച് നമ്മൾ സേവിക്കുമ്പോ നമ്മൾ നമസ്കരിക്കുമ്പോ നമ്മുടെ പാത്രത്വം വികസിക്കും ദിവസവും അവന്റെ പാദങ്ങളെ സേവിച്ചാലും ഇത് അനാദിക്കാലമായുള്ള സമ്പ്രദായമാണ് ഗുരുപസദനത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ഭഗവാൻ ഭാഷ്യകാരൻ ഒരിടത്ത് പറയുന്നുണ്ട് അസ്മദാദിഷു അഭി ഉപസദന വിധേരി ഇഷ്ടത്വാതെന്ന് നമ്മളെപ്പോലുള്ളവർക്കും ഉപസദന വിധി ഇഷ്ടം തന്നെയാണ് എന്നുവെച്ചാൽ ഉപസദന വിധി വേണം തന്നെയാണ് നമ്മുടെയും അഭിപ്രായം ഓരോ തലമുറയിലും ഈ ഉപസദന വിധി പാലിക്കുമ്പോഴാണ് സംസ്കാരം തന്നെ നിലനിൽക്കുന്നത് അതായത് നമസ്കരിക്കുക സേവിക്കുക പരിപ്രശ്നം ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെ ഉപസദന വിധി അങ്ങനെ ദിവസവും ഗുരുപാദത്ത് സേവിച്ചാലും ഇത് മുഖ്യമാണ് ഗുരുസേവ നമ്മുടെ അന്ധക്കരണത്തെ കൂടുതൽ കൂടുതൽ ശുദ്ധമാക്കുമ്പോൾ ഗുരുവിന്റെ അനുഗ്രഹം നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഗുരുവിന്റെ അനുഗ്രഹത്തിലൂടെ മാത്രമേ ശാസ്ത്രം പ്രകാശിക്കുന്നുള്ളൂ ഗുരുവിൻ്റെ അനുഗ്രഹം സ്വതവേണ്ട് പക്ഷെ നമ്മൾ ഗുരുസേവ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ പ്രകാശിതമാകുന്നത് അതുകൊണ്ട് പറയുന്നു പ്രതിദിനം ദിവസവും തത്പാതുകേ സേവ്യതാം പാദങ്ങളെ ഗുരുപാദങ്ങളെ സേവിച്ചാലും അങ്ങനെ സേവിച്ചു കഴിഞ്ഞു കൂടിയാൽ മതിയോ ചോദ്യം തന്റെ ജിജ്ഞാസയെ പ്രകടമാക്കേണ്ടത് സാധകന്റെ കർത്തവ്യമാണ് അതുകൊണ്ട് പറയുന്നു ബ്രഹ്മൈകക്ഷരമർത്ഥ്യതാം ബ്രഹ്മൈകാക്ഷരമർത്ഥ്യതാം ഏകാക്ഷരമായ ബ്രഹ്മത്തെ അർത്ഥിച്ചാലും പരമമായ ബ്രഹ്മോപദേശത്തെ അർത്ഥിച്ചാലും ബ്രഹ്മത്തെ അർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലും ഭഗവാനെ എന്താണ് ബ്രഹ്മമെന്നെനിക്ക് ഉപദേശിച്ചു അധീഹി ഭഗവോ ബ്രഹ്മേതി അല്ലയോ ഭഗവാനെ എന്താണ് ബ്രഹ്മമെന്ന് ഉപദേശിക്കൂ പ്രാർത്ഥിക്കണം തൻ്റെ ജിജ്ഞാസയെ പ്രകടമാക്കും വിധം പ്രാർത്ഥിക്കണം അത് നിർബന്ധമാണ് അത് വിധിയാണ് ഏ ഗുരുനാഥൻ അറിയില്ല എന്ന് ചോദ്യമില്ല ഞാൻ എന്തിനാ വന്നെന്ന് ഗുരുവിനറിയില്ലേ നീ വന്നതും നീ പോണതും പക്ഷേ നമ്മുടെ കർത്തവ്യമാണ് താൻ എന്തിനു അത് മുഖ്യമാണ് ഒരിക്കല് ഒരാശ്രമത്തില് കുറെ സ്വാമിമാരുണ്ട് അപ്പൊ ഒത്തുകൂടി അങ്ങനെ നേരം പോക്കെ പലതും പറഞ്ഞപ്പോ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ അപ്പൊ അവിടെ ഒരു ആശ്രമത്തിൽ നിന്ന് വിട്ട് സന്യാസാശ്രമത്തിൽ നിന്ന് വിട്ട് വന്നൊരു ബ്രഹ്മചാരി വന്നിട്ടുണ്ട് അവിടെ പൊതുവെ നമ്മുടെ സ്വഭാവം ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോ അവിടെ നല്ല കേമനായിട്ടിരിക്കും അവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കുറ്റം പറയും അത് പൊതുവെ മനുഷ്യരുടെ ഒരു സ്വഭാവമാണ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ ഇരുന്ന് ചാപ്പാടിക്കും ഒരു കുഴപ്പവും പറയില്ല അവിടുന്ന് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അതിനെതിരായിട്ട് നിൽക്കും പൊതുവെ ഒരു മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് ഇത് എന്താ പൊതു ചോദിച്ചാൽ പറയാൻ വയ്യ അപ്പൊ ആശ്രമത്തെ പറ്റി കുറ്റം പറയുകയാണ് ഏതാശം നാണോ വിട്ടുപന്നതിനെക്കുറിച്ച് കുറ്റം പറയുകയാണ് അപ്പോ സായിമാർക്കൊരു തമാശയും കെട്ടക്കട്ടെ അവരങ്ങനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അദ്ദേഹം പറയാൻ എന്താണ് കാര്യമുണ്ടായത് ഞാൻ ഒമ്പത് കൊല്ലം അവിടെ താമസിച്ചു കത്തിന് അഡ്രസ് എഴുതുകയും മാസികയുടെ സ്റ്റിക്കർ ഒട്ടിക്കുക അല്ലാണ്ട് വേറൊരു പണിയും ഞാൻ ചെയ്തിട്ടില്ല തിന്നേ എനിക്കുണ്ടായിട്ടുള്ളൂ നടുവ് നിവർക്കാൻ കഴിഞ്ഞിട്ടില്ല ഇരുപത്തിനാല് മണിക്കൂറും പലപ്പോഴും ക്ഷീണിച്ചുറങ്ങിയാൽ ഉറക്കം അത്രയേ ഉള്ളൂ ബാക്കി മുഴുവൻ കത്തിന്റെ പുറത്ത് അഡ്രസ് എഴുതുക മാസികന്റെ പുറത്ത് സ്റ്റിക്കർ ഒട്ടിക്കുക ഇതിന് ഞാൻ അവിടെ പോണോ ഇത് ജീവിതം നശിച്ചു പോയില്ലേ പത്തുമല്ലോ അപ്പോ സ്വായിമാരിങ്ങനെ പിരികേറ്റുണ്ട് ശരിയല്ലോ എന്താ അപ്പോ ചെയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണിപ്പോഴത്തെ ആശ്രമങ്ങളുടെ ഒരു കഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പക്ഷേ ഈ പാവത്തിന് മനസ്സിലാവുന്നില്ല അവർ തമാശയാക്കുക ഞങ്ങളല്ല ജോറോടുകൂടി പറയുക അപ്പൊ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു അതിരിക്കട്ടെ ഞാനൊരു സംശയം ചോദിക്കട്ടെ എന്താ സ്വാമിജി നിങ്ങൾ പത്ത് കൊല്ലം അവിടെ പോസ്റ്റർ ഒട്ടിച്ച് ഈ അഡ്രസ് എഴുതിയിട്ടും റേപ്പർ ഒട്ടിച്ചിട്ടുമൊക്കെ തീർന്നു കാലം സമ്മതിച്ചു പക്ഷെ നിങ്ങൾ അവിടെ എന്തിനാ ചേർന്നതെന്ന് അവിടുത്തെ ഗുരുനാഥനോട് ചോദിച്ചിരുന്നു അതെന്ത് ചോദിക്കാൻ അറിയില്ലേ ഒരു ബ്രഹ്മചാരി വന്നു കഴിഞ്ഞാൽ എന്തിനാ വന്നത് അതിഥിക്ക് നിങ്ങൾ ചോദിച്ചു എന്നാ ഞാൻ ചോദിച്ചത് ഇല്ല ചോദിച്ചിട്ടില്ല അപ്പൊ തെറ്റ് ആരെടുത്ത ആരെടുത്ത തെറ്റ് ഇയാള് ശ്രീനാരായണ ഗുരുദേവന്റെ വലിയൊരു ഭക്തനാണ് അതുകൊണ്ട് ഗുരുദേവൻ പറഞ്ഞ വാക്യം തന്നെ അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിച്ചു നിവേകോഹി നിതരാം നിർവേദമാപത്യ സദ്വിദ്വാൻ അത്ര ശമാതിഷഡ്കലശി തസ്യമുക്തികാമോ ഭുവി പശ്ചാവിദുത്തമം പ്രണതി സേവാദ്യൈ പ്രസന്നം ഗുരും പൃച്ഛേത് ബാക്കി തുടരുന്നുണ്ട് കോഹം ഇതം ജഗത് കുമിൻവതത്വം പ്രഭോ അതവിടെ നിൽക്കട്ടെ അത്ര അവിടെ നിൽക്കട്ടെ പൃച്ഛേദ ഇപ്പൊ നിത്യാനിത്യ വിവേകം കൊണ്ട് നല്ലതുപോലെ വൈരാഗ്യത്തെ പ്രാപിച്ച് സദ്വിദ്വാൻ ശമം ദമം ഉപരതി ദിദീക്ഷ ശ്രദ്ധ മുമുക്ഷുത്വം സമാധാനം തുടങ്ങിയ സാധനകളോടുകൂടി സാൻമുക്തികാമോ ഭൂമി മുക്തികാമനായിട്ട് മുമുക്ഷുവായിട്ട് ഈ ഭൂമിയിലുള്ള സാധകൻ പശ്ചാത്തനന്തരം ബ്രഹ്മവിതുത്തമം ഉത്തമ ബ്രഹ്മജ്ഞാനിയെ എങ്ങനെ പ്രണതി സേവാദ്യൈ പ്രസന്നം ഗുരു നമസ്കാരം സേവ തുടങ്ങിയവ കൊണ്ട് ഗുരുനാഥനെ പ്രസന്നനാക്കിയിട്ട് ആ ഗുരുനാഥനോട് പൃച്ഛത് ചോദിക്കണം എന്താ ചോദിക്കേണ്ടത് കോഹം ഞാനാര് ശ്രദ്ധിക്കേണ്ടത് ഗുരുനാഥന്മാരെടുത്ത് പോയിട്ട് നീ ആര് എന്താ പേര് പൂർവാശ്രമം എവിടെയാണ് അത്ര കൊല്ലായി സന്യാസിച്ചിട്ട് എന്തിനാ സന്യസിച്ച് നല്ല പ്രേമനൈരാശ്യം മറ്റുണ്ടായിരുന്നോ എന്താണ് എന്റെ ഇടപാട് അതിനേക്കാൾ രസമായ ചോദിട്ട് പൂർവാശ്രമം എവിടെയാ എടെ ഇതൊന്നും ചോദിക്കാനല്ല നീ പോണത് അതൊക്കെ ലൗകികന്മാരോട് ചോദിച്ചോളൂ നീ ആരാ എന്നുള്ളത് ഏതൊരു ലൗകികനെ കണ്ടാലും നീ ആരാന്ന് ചോദിച്ചോളൂ വിരോധമില്ല തത്വവിജ്ഞാനികളായ ഗുരുനാഥന്മാരോട് നീ ആരാ എന്നല്ല ചോദിക്കേണ്ടത് ഞാനാരാ ഒരു ലൗകികനോട് പോയിട്ട് സംശയം ചോദിക്കാണ്ട് എന്താണ് ഞാനാരാ എന്തുണ്ടാവും ഒന്ന് ആലോചിച്ചോ വലിയ വിദ്വാന സദ്വിദ്വാനല്ല വലിയ വിദ്വാനാണ് അപ്പൊ വളരെ വലിയൊരു വിദ്വാനായിട്ടുള്ള ഒരാളടുത്ത് പോയിട്ട് സാർ എനിക്ക് വളരെ വലിയൊരു സംശയം ചോദിക്കാറുണ്ട് എന്താ ചോദിച്ചോളൂ ഞാൻ ആരാ അത് നിനക്കത് മനസ്സിലാക്കി തരാനുള്ള സ്ഥലത്തേക്ക് ഞാൻ ഇതിനെ എന്ന് പറയും അതേ അവിടെ പോയിട്ട് ഞാൻ ആരാന്ന് ചോദിക്കാൻ പറ്റില്ല നീ ആരാന്ന് ചോദിക്കാം പക്ഷേ സദ്വിദ്വാന്റെ അടുത്ത് പോയിട്ട് നീ ആരാന്നല്ല ചോദിക്കേണ്ടത് ഞാൻ ആരാന്നാ ചോദിക്കേണ്ടത് പൃച്ഛേ ചോദിക്കണം അത് കർത്തവ്യമാണ് അതുകൊണ്ട് തന്നെ പരമമായ ബ്രഹ്മോപദേശത്തെ നീ അർത്ഥിക്കൂ എന്നാ പറയണത് വ്യക്തമാണല്ലോ ബ്രഹ്മൈകാക്ഷരമർത്ഥ്യതാം ഏകാക്ഷരമായ ബ്രഹ്മത്തെ അർത്ഥ്യദാം അർത്ഥിച്ചാലും ചോദിക്കൂ ചോദിക്കണം നിർബന്ധമാണ് ചോദിച്ചാൽ എഴുന്നേറ്റ് പോയാ പോരാ ചില ആൾക്കാര് ചോദ്യം ചോദിക്കാൻ കേൾമാരാ എന്ത് കുശലതയോടെ ചോദിക്കുക എന്നറിയാം പിന്നെ അവർക്ക് കേൾക്കൊന്നും വേണം പിന്നെ അവർ ഈ ഉത്തരം പറഞ്ഞ സമയത്തൊക്കെ അവരാലോചിക്കുക അടുത്ത ചോദ്യം എന്ത് ചോദിക്കണം എന്നായിരിക്കും അവർ ലോകോപകാരം ചെയ്യുന്നവരാ വലിയ ലോകോപകാരം തനിക്കിതിന് ഉത്തരമൊന്നും കേൾക്കണ്ട അതെ സ്വാഗതമൊക്കെ പറയുമ്പോ കേട്ടില്ല നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം സ്വാമിജി നിങ്ങൾക്ക് വേണ്ടതൊക്കെ പറഞ്ഞു തരുന്ന കേട്ടിട്ടില്ലേ ഈ പറയുന്ന ആൾക്കതൊന്നും വേണ്ട എന്നാ തോന്നുന്നു പൊതുവെ അങ്ങനെ കേൾക്കാറുണ്ട് ഇല്ലേ അവർ ചോദിച്ചുകൊണ്ടിരിക്കുക ഇവർ ചോദിച്ചുകൊണ്ടേയിരിക്കും ഉത്തരം പെടണമെന്ന് അവർക്ക് പ്രശ്നമല്ല ചോദ്യത്താൽ അവർ കൃതാർത്ഥരാണ് അതുകൊണ്ട് കാര്യം അതുകൊണ്ട് പറയുന്നു ആ ചോദിച്ചിട്ട് കാര്യമില്ല പിന്നെ എന്ത് വേണം ശ്രുതിശിരോ വാക്യം സമാകരണ്യതാം ശ്രുതിശിരോവാക്യം ശ്രുതിശിരോവാക്യം ശ്രുതിശിരസിന്റെ വാക്യം ശ്രുതിശിരസ് ശ്രുതി വേദം ശ്രൂയതേ ഇത് ശ്രുതി കേൾക്കുന്നത് കേട്ടത് ശുശ്രാവ കേട്ടു ഋഷിമാര് കേട്ടു എന്ത് കേട്ടോ അത് ശ്രുതി നിരന്തരമായ തപശ്ചര്യയിലൂടെ പരമമായ സത്യത്തെ സംബന്ധിക്കുന്ന യാതൊരു ജ്ഞാനമാണോ ഋഷിമാർക്ക് മുമ്പാകെ പ്രകാശിതമായത് അതാണ് ശ്രുതി വേദം വേദോ നിത്യമധീയതാം വേദം തന്നെയാണ് ശ്രുതി ശ്രുതിയുടെ ശിരസ് ശിരസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ തല ഏതാ ശ്രുതിയുടെ ശിരസ് വേദാന്തം ചുതിശിരോ വാക്യം വേദാന്തവാക്യം വേദാന്തവാക്യം സമാഹർമ്മ്യതാം നല്ലതുപോലെ കേട്ടാലും നല്ലപോലെ കേൾക്കണം വേദാന്തം വെറുതെ കേൾക്കേണ്ട പരിപാടി അല്ലത് അത് ശ്രദ്ധിക്കണം വെറുതെ പോയിട്ട് വേദാന്തം കേൾക്കിട്ടൊരു പ്രയോജനമില്ല സമാകരണീയത നല്ലപോലെ കേൾക്കണം അപ്പൊ ഇവിടെ ശ്രുതി ശിരോവാക്യം എന്ന് പറയുമ്പോ അതിനുപരി മറ്റൊന്നില്ല ശിരസിനുപരി നമുക്ക് മറ്റൊന്നില്ല ശിരസ പരമമായത് ഏറ്റവും ഉയർന്നത് ശിരസ അതുപോലെ ശ്രുതിയുടെ ഏറ്റവും ഉയർന്നത് എന്ന് പറയുമ്പം കേവലം വേദാന്തം എന്ന് പറഞ്ഞാൽ സംശയം മറുപടി പോരാ പിന്നെ വേദാന്ത മഹാവാക്യം എന്ന് തന്നെ പറയണം എന്താ അത് നോക്കൂ വേദാന്തത്തിൻ്റെ വിഷയം ആത്മബ്രഹ്മൈക്യമാണ് അഥവാ ജീവേശ്വരൈക്യമാണ് ഷയ ശുദ്ധ ചൈതന്യം ജീവ ബ്രഹ്മൈക്യലക്ഷണം അതാണ് വേദാന്ത വിഷയം ജീവൻ ഈശ്വരൻ അഥവാ ആത്മാവ് ബ്രഹ്മം എന്നൊക്കെ പലതായി പറയുന്നതോ ഏകമാണ് അദ്വിതീയമാണ് ഇതാണ് വേദാന്ത വിഷയം മറ്റൊന്നല്ല സർവം ഖലു ഇതം ബ്രഹ്മ നിശ്ചയമായും ഇതെല്ലാം ബ്രഹ്മമാകുന്നു സർവം ഹേതദ് ബ്രഹ്മ ഇതെല്ലാം ബ്രഹ്മമാകുന്നു ഈ സർവം ബ്രഹ്മ എന്നുള്ളതാണ് വേദാന്ത വിഷയം എല്ലാ ഉപനിഷത്തുകളും ഈ പരമമായ സത്യം ഏകമാണ് അദ്വിതീയമാണെന്നതിനെയാണ് വെളിപ്പെടുത്തുന്നത് ആവർത്തിച്ചുപദേശിക്കുന്നത് എല്ലാ ഉപനിഷത്തുക്കളും അപ്പൊ ഉപനിഷത്തിലെ എല്ലാ വാക്യങ്ങളും തന്നെ പരമമായ സത്യത്തെ ബോധിപ്പിക്കുന്നതാണ് അഥവാ ആത്മബ്രഹ്മൈക്യമാണ് എന്നാൽ ഈ ആത്മബ്രഹ്മൈക്യമാകുന്ന വേദാന്ത വിഷയത്തെ ചകത്തിൽ ഉപദേശിക്കുന്ന വാക്യങ്ങൾ ഉപനിഷത്തുക്കളിലുണ്ട് അവര് പറയാം ആത്മബ്രഹ്മൈക്യത്തെ വിസ്തരിച്ച് ഉപദേശിക്കുകയാണ് ഉപനിഷത്തുക്കൾ ചെയ്യുന്നത് എന്നാൽ സർവോപനിഷത്തുക്കളും യാതൊരു ആത്മബ്രഹ്മൈക്യത്തെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നുവോ ആ തത്വത്തെ ഏകവാചകത്തിൽ ഉപദേശിക്കുന്ന വാക്യങ്ങളുണ്ട് അത്തരം വാക്യങ്ങൾക്ക് പറയുന്ന പേരാണ് മഹാവാക്യങ്ങൾ എന്താണ് വേദാന്ത മഹാവാക്യം എന്ന് ചോദിച്ചാൽ ആത്മബ്രഹ്മൈക്യമാകുന്ന വേദാന്ത വിഷയത്തെ ഏകവാചകത്തിൽ ഉപദേശിക്കുന്ന വാക്യത്തിനാണ് മഹാവാക്യം എന്ന് പറയുക ഇത്തരം വേദാന്ത മഹാവാക്യത്തെ ഉദ്ദേശിച്ചിട്ടാണ് ശ്രുതിശിരോവാക്യം ശ്രുതിശിരസിന്റെ വാക്യം ശ്രുതി ശിരസ്സായ വാക്യം ശ്രുതിയുടെ വേദത്തിന്റെ ശിരോഭൂതമായ വാക്യത്തെ നീകാട്ടാലും അപ്പൊ മഹാവാക്യങ്ങൾ എത്ര എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല അനേക മഹാവാക്യങ്ങളുണ്ട് എത്ര മഹാവാക്യം എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്നാൽ ോ വേദവിഭാഗത്തിനും ഒന്നെന്ന തോതിൽ നാല് മഹാവാക്യങ്ങളെ ആചാര്യന്മാർ പ്രത്യേകം അടർത്തി എടുത്ത് വ്യാഖ്യാനിച്ചു തരുന്നുണ്ട് അപ്പൊ ആ നിലയ്ക്ക് പറയും നാല് മഹാവാക്യങ്ങളാണ് സത്യത്തിൽ മഹാവാക്യങ്ങൾ നാലല്ല നിരവധിയുണ്ട് അനേക്കമുണ്ട് എങ്കിൽ തന്നെയും ഓരോ വേദവിഭാഗത്തിനും ഒന്നെന്ന തോതിൽ പ്രത്യേകം ആചാര്യ പരമ്പര നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്ന മഹാവാക്യങ്ങൾ നാല് ഈ മഹാവാക്യങ്ങൾ നാലും തന്നെ വിചാരം ചെയ്യുമ്പോൾ ഒരേ അർത്ഥമാണ് ഒരു മാറ്റവും ഇല്ല ആത്മബ്രഹ്മൈക്യം ജീവേശ്വരൈക്യം ഋഗ്വേദീയമായ ഐതരയ ഉപനിഷത്തിലെ പ്രജ്ഞാനം ബ്രഹ്മാ യജുർവേദീയമായ ബൃഹദാരണ്യക ഉപനിഷത്തിലെ അഹം ബ്രഹ്മാസ്മി അതാവർത്തിക്കുന്നുണ്ട് വേറെ പല ഉപനിഷത്തുക്കളിലും സാമവേദീയമായ ഛാന്ദോകൃ ഉപനിഷത്തിലെ തത്വമസി അധർവവേദീയമായ മാഡൂക്യ ഉപനിഷത്തിലെ അയമാത്മാ ബ്രഹ്മ ഈ നാല് മഹാവാക്യങ്ങളാണ് പ്രത്യേകമായി ആചാര്യ പരമ്പര നമുക്ക് വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചു തരുന്ന മഹാവാക്യങ്ങൾ ഇവിടെയൊക്കെ തത്വം തന്നെയാണ് ലക്ഷ്യാർത്ഥം ഒന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് ഇപ്പൊ വിസ്തരിക്കുന്നില്ല കാരണം തുടർന്ന് ആചാര്യപാദങ്ങൾ തന്നെ ഇവിടെ നമുക്ക് വിസ്തരിച്ച് പറഞ്ഞു തരുന്നത് കൊണ്ട് യഥാസ്ഥാനത്ത് നമുക്ക് പഠിക്കാം ഏതായാലും ശ്രുതിശീലോ വാക്യം സമാകരണ്യതാം വ്യക്തമാണല്ലോ ഈ വേദാന്ത മഹാവാക്യത്തെ നല്ലതുപോലെ കേൾക്കും നല്ലപോലെ കേൾക്കണം നല്ലപോലെ കേൾക്കണം അതിന് തയ്യാറായിട്ട് കേൾക്കണം ശ്രദ്ധയോടുകൂടി കേൾക്കണം പരിപൂർണമായി എന്നിട്ടോ ഞാൻ എത്ര കേട്ടതാ നിങ്ങൾ വരണം കേട്ടോ അവിടെ വേദാന്തം പ്രഭാഷമുണ്ട് അതേ ഞാനൊക്കെ എത്ര കാലം കേട്ടത് എന്നിട്ട് എന്ത് ഗുണമുണ്ടായി എന്ത് ഗുണമുണ്ടായി ചിന്തിക്കുക പലപ്പോഴും അങ്ങനെയാണ് ഇനി ചിലർ ഞാൻ ഇന്നാളരുന്ന് കേട്ടതാന്ന് അഭിമാനിച്ചിരിക്കുന്ന ഊട്ടരാ ഞാൻ സാക്ഷാൽ ബ്രഹ്മാവിന്റെ അടുത്ത് കേട്ടിട്ടുണ്ട് പിന്നെ എനിക്കെന്താ വേണ്ട സാക്ഷാൽ ബ്രഹ്മാവിന്റെ അടുത്തെന്ന കേട്ടിട്ട് വിരോചനൻ അജ്ഞാനിയായി തന്നെയായിരുന്നത് വിരോചനന്റെ സതീർത്ഥനുണ്ടായിരുന്നു ഇന്ദ്രൻ ഇന്ദ്രൻ തെറ്റിദ്ധരിച്ചിട്ടായിരുന്നേ പക്ഷേ ഇന്ദ്രന് തിരിച്ചറിവുണ്ടായി ഞാൻ തെറ്റിദ്ധരിച്ചതാണ് വീണ്ടും പോയി സംശയം ചോദിച്ചു ബ്രഹ്മാവ് പറഞ്ഞു സംശയത്തിന് മറുപടി പറഞ്ഞു തരുന്നതോളം നിൽക്കട്ടെ മുപ്പത്തിരണ്ട് കൊല്ലം പോയി തപസ് ചെയ്ത് വന്നാ പറഞ്ഞുതരാം വീണ്ടും ധരിച്ചു തിരിച്ചു പോയപ്പോ മനസ്സിലായി എനിക്ക് തെറ്റിദ്ധാരണ നീങ്ങിയിട്ടില്ല വീണ്ടും പോയാ ബ്രഹ്മാവ് പറഞ്ഞു മണ്ടരുത് മുപ്പത്തിരണ്ട് കൊല്ലം പോയിട്ട് തപസ് ചെയ്തോളൂ ഞാൻ പറഞ്ഞുതരാം അങ്ങനെ മൂന്ന് മുപ്പത്തിരണ്ടും ഒരു നാലും നൂറ് കൊല്ലം തപസ് ചെയ്തിട്ട് ഇന്ദ്രൻ ദേവന്മാരുടെ അധിപതിയായ ഇന്ദ്രൻ ബ്രഹ്മാവിൽ നിന്ന് ശ്രവണം ചെയ്തു അതുകൊണ്ട് നമ്മൾ ഇന്നാലിരുന്ന് കേട്ടു എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പലരും അങ്ങനെ കേൾക്കുന്നതോടുകൂടി തന്നെ പരിപാടി കഴിഞ്ഞു ശരിയാണ് കേൾക്കുന്നതോടുകൂടി പരിപാടി കഴിഞ്ഞു ആർക്ക് അങ്ങേറ്റം ശ്രവണജനിതമായ സംസ്കാരത്തോടുകൂടി ഒരു ലേശ തടസ്സത്തോടുകൂടി ജനിച്ചവർക്ക് ഒരൊറ്റ പ്രാവശ്യം ഗുരുവിൽ നിന്ന് ശ്രവണം ചെയ്താൽ പിന്നെ ഓരോന്നും വേണ്ട ശരിയാണ് അത് കൃതാർത്ഥനായി തീരുന്നു അവനോ കൃതാർത്ഥനായിട്ടുണ്ടോന്ന് അവനോട് അറിയാമല്ലോ വേറൊരാളുടെ എന്തിനാ ചോദിക്കണത് ഞാൻ കൃതാർത്ഥനായിട്ടുണ്ടോ മറുപടി ഇല്ല ഉറപ്പില്ല എങ്ങനെ സ്വാമി ഇല്ല എന്ന് ഉറപ്പ് വരണത് ഉണ്ടെങ്കിൽ ചോദിക്കില്ലല്ലോ അതുകൊണ്ട് വേദാന്ത മഹാവാക്യത്തെ കേട്ടതുകൊണ്ട് കാര്യമായില്ല പിന്നെന്ത് വേണം നോക്കൂ വാക്ത്ഥശ്ച വിചാര്യതാം ശ്രുതിശിരപ്പശ്രീയതം ദുസ്തർക്കാസുവിരമ്യതാം ശ്രുതിമതർക്കോനുസന്ധീയതാം ബ്രഹ്മൈവാസ്മി വിഭാവ്യതം അഹരഹർഗർവ പരിജ്യതാം देहो ദേഹോഹം അതിരുച്യത ബുധജനൈർവാദ പരിജ്യതാകാര്യ ശ്രുതിശിരപ്പശ്രീയത ദുതർക്കു വിരമ്യത ശ്രുതിമത്തർക്കുസന്ധീയ ബ്രഹ്മൈവസ്മി വിഭാവ്യത അഹരഹർഗർവരിജ്യതേഹോഹമതിരുച്യത ുധജന പരിത്യജ്യതാം വാക്യാർത്ഥശ്ച വിചാര്യതാം വാക്യാർത്ഥം വിചാരം ചെയ്യപ്പെടട്ടെ ഗുരുനാഥനിൽ നിന്ന് വാക്യം കേട്ടു പറഞ്ഞുകൊണ്ട് കാര്യ ഇല്ല കേട്ടു കേട്ടതോടുകൂടി ഇടപാടും കഴിഞ്ഞു വേനൽ ദക്ഷിണിയാൻ കൊടുത്തു കഴിഞ്ഞു എന്നിട്ട് അഭിമാനമാണ് ഞാൻ എന്നാ ഗുരുദാനിരുന്ന് കേട്ടിട്ടുണ്ട് ഇനി പാരെടുത്താ കേൾക്കാനുള്ളത് വേറെ ആ ശരിയാണെ പോയി കേട്ടളയാം അതും കേട്ടു കേട്ടു ഇന്നാലും കേട്ടോ നീങ്ങനെ പത്തെണ്ണം കേട്ടിട്ടുണ്ട് കാര്യം ഒരു പ്രയോജനമില്ല കേട്ടതിനെ കുറിച്ച് വിചാരം ചെയ്യണം യുക്തിപൂർവം വിചാരം ചെയ്യണം വേദാന്ത ബോധം യുക്തി വിചാരമുള്ളവർക്കേ ഉള്ളൂ യുക്തിബോധമില്ലാത്തവർക്ക് വേദാന്തം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അല്ലയോ വിശ്വാസികളെ ഒരു വേദാന്തം ശ്രവിക്കൂ എന്നാരെങ്കിലും പറഞ്ഞാൽ അവിടെ ഇരുന്ന് സംസാരിക്കാൻ നമ്മളില്ല വിശ്വാസികളോട് പറയാനില്ല വിശ്വാസികളോട് പറയാം എന്ത് വിശ്വാസത്തിന് ഉദിതമായത് ഞാൻ തൊക്കെ പറഞ്ഞിരിക്കുക അതിന് വിവാദമില്ല അവിടെ വേദാന്തം പറയരുത് ബാക്കി എന്ത് വേണമെങ്കിൽ പറയാം വിശ്വാസികളോട് എന്തൊക്കെയാ പറയേണ്ടത് വിശ്വാസത്തിന് ഉചിതമായിട്ട് പറയാം അവിടെ ചോദ്യമില്ല ചോദ്യം പറഞ്ഞത് വിശ്വാസത്തിൽ ചോദ്യമൊന്നുമല്ലോ ഇല്ല ഒരു വിഷയത്തിനും ചോദ്യമില്ല ശിവന് മൂന്ന് കണ്ണാണ് ഇപ്പൊ എത്ര തല ഉണ്ട് ശിവന് അതൊരു ചോദ്യമാണേ ശിവൻ അഞ്ചു തലയുണ്ട് എത്ര കാലുണ്ടടേ രണ്ടു കാലും അപ്പൊ അഞ്ചു തല ഉള്ള ആൾക്ക് രണ്ടു കാലേ ഉള്ളോ ചോദ്യം ഉണ്ടരുത് അത് എത്രയേ ഉള്ളൂ വിശ്വാസമാണ് അവിടെ അവിടെ യുക്തിയൊന്നുമില്ല അല്ലെങ്കിൽ വിഷുവിന് നാല് കായ്യുണ്ട് ഇത്ര കാല നാല് കൈയുള്ള ഒരാൾക്ക് നാല് കാലുകേ അതില്ല രണ്ട് കൈ രണ്ട് കാലേ ഉള്ളൂ അതെന്താ അപ്പം അങ്ങനെ വണ്ടിപ്പോയത് അതങ്ങനെയാണ് അതിന് തത്വം നീ മനസ്സിലാക്കാതെ കത്തി ഞാൻ പറഞ്ഞേരാണ് അത്രയുള്ളൂ അത് വിശ്വസിച്ചോളാം വേറൊന്നുമില്ല പ്രയുക്തിക്ക് സ്ഥാനമില്ല എന്നാല രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ ഭഗവാൻ എൻ്റെ അടുത്ത് വന്നു കണ്ടു ഓ റൈറ്റ് ഭഗവാൻ എന്ത് പറഞ്ഞു മുടുക്കാൻ നീ നന്നായി വരുന്ന അനുഗ്രഹിച്ചിട്ടുണ്ട് വളരെ സന്തോഷം കഴിഞ്ഞു ചോദ്യമില്ല ഏത് ഭഗവാനാ വന്നത് എവിടെ ഉറക്കത്തിലാണോ ഭഗവാൻ വരിക ചോദ്യമില്ല നീ കണ്ടു അനുഭവമാണോ അത് സന്തോഷവും ഉണ്ടായില്ല ഇല്ലെതിർക്കാൻ പോണില്ല സന്തോഷമില്ല ഈശ്വരനെ അവന്റെ ഇഷ്ടദേവനൊക്കെ കണ്ടപ്പോൾ ഒരു സന്തോഷം ഉണ്ടായിട്ടേ ആ ചോദ്യമില്ല ഉത്തരവിൽ ഒരു വസ്തുരാകേണ്ട സന്തോഷം നന്നായി വിശ്വാസമാണ് അവൻ ഇവിടെ ചിളക്കാൻ പോകട്ടെ ഏ അവനില്ല കേട്ടോ എന്നൊക്കെ മാനസികമായി ഭ്രാന്തി വന്നതാണ് ഒന്നുമില്ല സന്തോഷം നന്നായി പക്ഷെ അതൊക്കെ വിശ്വാസമാണ് അതെല്ലാം വിശ്വാസം വിശ്വാസികളോട് വേദാന്തം പറയരുത് വേദാന്തം വിദ്യാർത്ഥികളോടാണെന്ന് പറയേണ്ടത് നമ്മളൊരു സ്ഥലത്ത് പോയപ്പോൾ സ്വാഗതം ചെയ്ത പറയുക തന്നെ ചെയ്തു നമ്മൾ എല്ലാ വിശ്വാസികളും ഒത്തുകൂടിയത് കൊണ്ട് സ്വാമിജി നമുക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ തരും നമ്മൾ വേറെ വിശ്വാസികളോടൊന്നും പറയാനില്ല വിശ്വാസികൾക്ക് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം അറിയുന്നതാണെങ്കിൽ മറുപടി പറയും ഒന്നും പറയാനില്ല പറയാനുള്ളത് മുഴുവൻ വിദ്യാർത്ഥികളോടാണ് വിദ്യാർത്ഥികളിലേ പറയാനുള്ളത് ഒരാടാ പറയുള്ളത് വിദ്യാർത്ഥിക്കുന്നവനല്ലേ അവനോടല്ലാതെ ആരോടാ പറയുക മറ്റൊരാൾ വിശ്വാസിരിക്കുകയാണ് നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അതിന്റെ വിശ്വാസം ഉറപ്പാണ് ചിന്തിക്കും ചിലത് വിശ്വാസം വേണ്ട എന്നാണ് സ്വാമി പറഞ്ഞത് എന്നും പലരിൽ എഴുതാപ്പുറൊന്നും വായിക്കേണ്ട പറയാത്തൊന്നും പറയരുത് വിശ്വാസം വേണം വിശ്വാസം നല്ലതാണ് വിശ്വാസത്തിലാണ് ഈ ലോകം തന്നെ നിലനിൽക്കുന്നത് നമ്മളക്കപടി ഇരിക്കുന്നത് ഒരു പരസ്പര വിശ്വാസത്തിന്റെ മുള്ള അതെ എല്ലാ പ്രപഞ്ചത്തിലെല്ലാ വ്യവഹാരങ്ങളും നടക്കുന്നത് നമുക്കൊരു വിശ്വാസമുള്ള കൊണ്ടാണ് വിശ്വാസം വേണം പക്ഷേ വേദാന്തം വേണ്ട വേദാന്തം വിദ്യാർത്ഥിക്കുള്ളതാണ് അതിന്റെ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കയറി വേദാന്തം ഉപദേശിക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ലോകത്ത് നമുക്ക് ബാൻഡ് അടിച്ചിട്ട് വേണമെങ്കിൽ വിളിച്ചു കൂട്ടിയിട്ട് ധർമ്മശാസ്ത്രം ഉപദേശിക്കാം ൊന്നും ചെയ്യരുത് എന്നൊക്കെ ചെയ്യണം കേട്ടോ എന്നൊക്കെ ധർമ്മോപദേശം ചെയ്യാം പക്ഷേ വേദാന്തം ജിജ്ഞാസുക്കൾക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ നാല് വേദാന്തം പഠിച്ചു ചോദിച്ചിട്ടുള്ള നാടുമ്പുഴം വേദാന്ത ഉപദേശിച്ചു അത്യന്ത ജിജ്ഞാസുക്കൾക്ക് മാത്രമേ വേദാന്തം ഉപദേശിക്കാൻ പാടുള്ളൂ ധർമ്മശാസ്ത്രം ധർമ്മശാസ്ത്രം ലോകത്തോട് മുഴുവൻ ഉപദേശിക്കാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് താൻ ഗുരുവിൽ നിന്ന് യാതൊരു വേദാന്ത തത്വത്തെ ശ്രവിച്ചുവോ അതിനെ സംബന്ധിച്ച് യുക്തിപൂർവം മനനം ചെയ്യണം വിചാരം ചെയ്യണം എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം അവിടെ ജപാർത്ഥം ഒരു മന്ത്രം ഉപദേശിച്ചു ഗുരുനാഥൻ അതിന്റെ അർത്ഥവിചാരം ചെയ്യേണ്ടതില്ല അവിടെ ജപിച്ചാൽ മതി ഗുരുനാഥൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യോ നീ ഓം നമിഷുവായും ജപിച്ചോളൂ ഓം നമോ നാരായണായെന്ന് ജപിച്ചോളൂ അവിടെ ശിഷ്യന് കർത്തവ്യം ഒന്നേ ഉള്ളൂ രണ്ടില്ല ജപിച്ചോളൂ എന്താണ് നമോ എന്ന് പറഞ്ഞാൽ നമഹ ശിവായ എന്ന് പറഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് അതിന്റെ യോഗം വരുന്നത് എന്തിനാ ശിവായ എന്ന് ചതുർത്ഥി വെച്ചത് അതേതാ പാണിനീര സൂത്രം ഇതൊന്നും ചിന്തിക്കേണ്ട ആവശ്യം അവിടെ ഇല്ല ശിവശബ്ദത്തിന്റെ അർത്ഥമെന്ത് നമശബ്ദത്തിന്റെ അർത്ഥമെന്ത് ഒന്നും ആവശ്യമില്ല ഗുരുനാനം പറഞ്ഞ് ജപിച്ചോന്ന് ജപിച്ചോളൂ കാരണം ജപാർത്ഥമുള്ള മന്ത്രമാണ് എന്നാൽ വിചാരാർത്ഥമുള്ള മന്ത്രം ജപിക്കാനുള്ളതല്ല ഗുരുനാനം പറഞ്ഞു എടേ തത്വമസി നല്ലോണം ഭാവന ചെയ്തോളൂ ശിഷ്യമാണ് തത്തമസി തത്വമസി തത്വമസി തത്വമാസി തത്വമസി തത്വമസിത് മലയിൽ തത്വമസി ജപിക്കുക എട എന്താ പരിപാടി അത് ആ ജപിക്കാനുള്ള മാത്രമല്ല ആ ജപിച്ചുകൂടെ ജപിച്ചാൽ സിദ്ധി ഉണ്ടാവില്ലേ അതിപ്പോ എന്ത് വിട്ടെന്ന് ജപിച്ചാലും സിദ്ധി ഉണ്ടാവും അത്ര ശ്രദ്ധയോടുകൂടി വിട്ടി കുഷ്മാണ്ടെന്ന് ജപിച്ചാലും സിദ്ധി ഉണ്ടാവും ശ്രദ്ധയാണുള്ള കാര്യം ചെയ്യും പക്ഷേ മഹാവാക്യങ്ങൾ അങ്ങനെ ആവർത്തിച്ച് ജപിക്കാനുള്ളതല്ല പിന്നെ എന്തിനുള്ളതാ വിചാരം ചെയ്യാനുള്ളതാണ് ഹോമാർത്ഥ മന്ത്രങ്ങളുണ്ട് അപ്പൊ ഹോമാർത്ഥമുള്ള മന്ത്രങ്ങൾ വിചാരത്തിനുള്ളതല്ല അത് ഹോമാർത്ഥമുള്ളതാണ് അപ്പൊ ഓരോന്നിനും വിനിയോഗമുണ്ട് ആ വിനിയോഗം നമ്മൾ പഠിച്ചിട്ട് വേണം ചെയ്യാം അത് ശ്രദ്ധിക്കുക എല്ലാത്തിനും ഒന്നല്ലേ ഓരോന്നും പ്രയോഗത്തിന് വ്യത്യാസമുണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പോ ഇവിടെ മഹാവാക്യം നീ ഗുരുനാഥൻ എന്ന് ശ്രവിച്ചില്ലേ ശ്രവിച്ചു ഇനിയിപ്പ എന്താ വേണ്ടത് ഇനി വിചാരം ചെയ്തോളാം വാക്യാർത്ഥശ്ച വിചാര്യത ഇപ്പൊ വിചാരം ചെയ്യുക ഇത് മുഖ്യമാണ് ശാസ്ത്രത്തിൻ്റെ ജ്ഞാനവിചാരത്തിൻ്റെ അല്ലെങ്കിൽ തത്വസാക്ഷാത്കാരത്തിൻ്റെ മാർഗം ശ്രവണ മനന നിതിധ്യാസങ്ങളുടെ മാർഗമാണ് അതുകൊണ്ടാണല്ലോ ശ്രോതവ്യോ മന്തവ്യോ നിതിധ്യാസിതവ്യഹ എന്ന് ശ്രുതി നിർദ്ദേശിച്ചത് ശ്രവണം ചെയ്യപ്പെടേണ്ടതാകുന്നു മനനം ചെയ്യപ്പെടേണ്ടതാകുന്നു നിതിധ്യാസം ധ്യാനം ചെയ്യപ്പെടേണ്ടതാകുന്നു ശ്രവണം മനനം അല്ലാതെ ശ്രവണം പറഞ്ഞ് നിർത്തിയില്ല താൻ ശ്രവിച്ചതിനെ സംബന്ധിച്ച് യുക്തിപൂർവം വീണ്ടും വീണ്ടും മനനം ചെയ്യൂ ഇതാണ് ആവശ്യം വ്യക്തമാണല്ലോ അപ്പൊ യുക്തിപൂർവകമായ മനനം ചെയ്യണം അല്ലാതെ ഗുരുദാനൊക്കെ ഗുരുദാനൻ പറഞ്ഞൊക്കെ ശരിയാ എന്നും പറഞ്ഞ് വിശ്വാസത്തിലിരുന്നാൽ പോരാ ഗുരുനാഥൻ പറഞ്ഞ നോക്ക ശരിയാ എന്താ കാരണം ഗുരുനാഥ് തെറ്റ് പറയില്ല ശരി ഗുരുനാഥ് തെറ്റ് പറയില്ല എന്നുള്ള ചിന്തയൊക്കെ നല്ലതാ പക്ഷേ ഗുരുനാഥൻ ഉപദേശിച്ചെന്ന വാക്യത്തെക്കുറിച്ച് യുക്തിപൂർവം വിചാരം ചെയ്യണം നിർബന്ധമാണ് നോത്പദ്യതെ വിനാജ്ഞാനം വിചാരേണ അന്യസാധനൈ വിചാരം കൂടാതെ വേറൊരു സാധന കൊണ്ടും പദാർത്ഥജ്ഞാനം ഉണ്ടാവില്ല ഭഗവാൻ ഭാഷ്യകാരം പറയുന്നതാ നവത്പദ്യ വിനാജ്ഞാനം വിചാരേണ അന്യസാധനൈ വിചാരേണ അന്യസാധനൈ വിചാരേണ വിനാ വിചാരം കൂടാതെ അന്യസാധനൈ മറ്റൊരു സാധനം കൊണ്ടും നവോത്പത്യത്തെ ജ്ഞാനം ജ്ഞാനമുണ്ടാവുന്നില്ല അപ്പൊ ജ്ഞാനോത്പത്തിക്ക് മുഖ്യ സാധനം വിചാരമാണ് അതുകൊണ്ട് വാക്യാർത്ഥശ്ച വിചാര്യത വാക്യാർത്ഥം വിചാരം ചെയ്യണം ഉദാഹരണം പറഞ്ഞാൽ ഗുരുനാഥനെ ഉപദേശിച്ചു എന്ന് വിചാരിക്കുക ഏത് തത്വമസി അല്ലെങ്കിൽ വേണ്ടി അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ പ്രജ്ഞാനം ബ്രഹ്മ അല്ലെങ്കിൽ അയമാത്മാ ബ്രഹ്മ ഏതെങ്കിലും ഒരു വാക്യം ഗുരുനാഥനെ ഉപദേശിച്ചു വെച്ചാൽ എന്ത് വേണം അതിൻ്റെ വാക്യാർത്ഥം വിചാരം ചെയ്യണം എന്താണിവിടെ തത് എന്താണ് ത്വം എന്താണ് അസി അല്ലെങ്കിൽ അയം ശബ്ദത്തിന്റെ അർത്ഥം ആത്മാശബ്ദത്തിന്റെ അർത്ഥം അയമാത്മാ എന്ന് പറഞ്ഞ അന്താണ് എന്തുകൊണ്ട് അയമാത്മാ എന്തുകൊണ്ട് അയമാത്മ എന്തുകൊണ്ട് സഹ ആത്മാ എന്ന് പറഞ്ഞില്ല എങ്ങനെയാണ് അയമാത്മാ ബ്രഹ്മാവ് ഈ ആത്മാവ് എങ്ങനെ ബ്രഹ്മാവും അല്ലെങ്കിൽ തത്വം അസി തത് അത് ത്വം നീ അത് നീയാകുന്നു അപ്പൊ അത് നീയാകുന്നു ഇതല്ലേ ഇപ്പോ പറയുള്ളൂ ഞാനല്ലേ പറയാളുണ്ട് അതും എങ്ങനെ പറഞ്ഞ എന്താ പി അത് പറഞ്ഞ അർത്ഥം ബ്രഹ്മമെന്ന് പറഞ്ഞ എന്താർത്ഥം ബ്രഹ്മശബ്ദത്തിന്റെ വാച്യാർത്ഥം എന്ത് ലക്ഷ്യാർത്ഥം എന്ത് എന്നെ വിചാരം ചെയ്യാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് ഈ വിചാരം ചെയ്യുക എന്ന് പറയുമ്പത് നമ്മുടെ മനസ്സിൻ്റെ വ്യാപാരമാണ് അഥവാ ബുദ്ധിയുടെ വ്യാപാരമാണ് ചിന്താ വ്യാപാരമാണ് എങ്ങോട്ടെങ്കിലൊക്കെ കാട് കയറിപ്പോയെന്ന് വരാം ഒരിക്കലും നിഗമനത്തിലെത്താൻ കഴിയില്ല ഒരിക്കലും നിഗമനത്തിലെത്താൻ കഴിയില്ല അതുകൊണ്ടുതന്നെ നമ്മുടെ വിചാരപ്രക്രിയെ ക്രമീകരിക്കുന്നതിന് വേണ്ടി ആചാര്യന്മാരനേക്കം സഹായങ്ങളെ ചെയ്തു തരുന്നുണ്ട് ശാസ്ത്രങ്ങൾ അഖിലവും അതാണ് വാക്യാർത്ഥ വിചാരത്തിന് നമ്മെ സഹായിക്കുന്നതാണ് വേദാന്ത പ്രകരണങ്ങൾ അഖിലവും അല്ലെങ്കിൽ അവയിൽ പറയപ്പെട്ട പ്രക്രിയകൾ അനേകം പ്രക്രിയകളുണ്ട് പഞ്ചകോശ വിവേകം അല്ലെങ്കിൽ പഞ്ചഭൂത വിവേകം അവസ്ഥാത്രയ വിവേകം അങ്ങനെ പല പേരുണ്ട് ഓങ്കാരാർത്ഥ വിവേകം ഇങ്ങനെ അനേകം വിവേക പ്രകാരങ്ങളെ ആചാര്യന്മാർ ഉപദേശിച്ചു വന്നിട്ടുണ്ട് എന്തിനാ നമ്മുടെ വിചാരം ശരിയായ ദിശയിൽ നീങ്ങാൻ വേണ്ടി ഇല്ലെങ്കിൽ നമ്മുടെ അബദ്ധ നിഗമനങ്ങളിൽ എത്തിപ്പോവും ഒരേ ഗുരുനാഥനിൽ നിന്ന് നാല് പേര് ശ്രവിച്ചാൽ നാല് പ്രകാരം ധരിക്കാം യഥാവത് ഒരാൾ അയഥാവത് വിപരീതം വേറൊരാൾ ഒന്നും ധരിച്ചില്ല വേറൊരാൾ എങ്ങനെ ഗുരുനാഥൻ ഉദ്ദേശിച്ചു അങ്ങനെ തന്നെ ധരിച്ചു ഒരാൾ രണ്ടാമത്തെ ആൾ എന്താണോ ഗുരുനാഥൻ ഉദ്ദേശിച്ചത് അതിന്റെ വിപരീതം ധരിച്ചു മൂന്നാമതൊരാൾ എങ്ങനെ വേണോ അങ്ങനെ ധരിച്ചില്ല അങ്ങനെ ധരിച്ചില്ല എന്നുള്ളതുകൊണ്ട് വിപരീതം ധരിച്ചു അർത്ഥമില്ല നാലാമത്തെ ആൾ ഒന്നും ധരിച്ചില്ല രണ്ടു കൂട്ടർക്കും ഒരു കുഴപ്പമില്ല എങ്ങനെ ഗുരുനാഥൻ ഉദ്ദേശിച്ചോ അങ്ങനെ ധരിച്ച ആൾക്കൊരു കുഴപ്പമില്ല ഒന്നും ധരിക്കാത്ത ആൾക്കും ഒരു കുഴപ്പമില്ല ഒരു വസ്തു അയാൾ പോയോ പോയി സാധനാപഞ്ചകം കേട്ടോ കേട്ടോ എന്നിട്ട് വല്ല മനസ്സിലായി ഒരു വസ്തു മനസ്സിലായിട്ടില്ല ഒരു കുഴപ്പമില്ല അപ്പൊ ഒരു കുഴപ്പം എന്താ ഒരു കുഴപ്പമില്ല ഒരു വസ്തു മനസ്സിലായിട്ടോ സന്തോഷം എനിക്കത് ശരിക്കും മനസ്സിലായിട്ടോ ശരി സന്തോഷം ഒക്കെ അബദ്ധാനേ അപ്പ പറഞ്ഞ ഒക്കെ തരാം അപ്പാരണന്ന് അങ്ങനെ നല്ല അങ്ങനെയാണ് എന്ന് ഉദ്ദേശിക്കാത്ത അർത്ഥങ്ങളാണ് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ അത് അബദ്ധം തന്നെ വിപരീതം മനസ്സിലാക്കിയാലും അബദ്ധം തന്നെ ചിന്തിക്കാം അപ്പൊ അതുകൊണ്ട് ശരിയായ ശാസ്ത്ര താത്പര്യം മനസ്സിലാക്കണമെങ്കിൽ നല്ലതുപോലെ വിചാരം ണം ആ വിചാരം ശാസ്ത്രപ്രക്രിയകൾക്കനുസരിച്ചായിരിക്കണം അതാണ് പറയുന്നത് വാക്യാർത്ഥശ്ച വിചാര്യതാം ശ്രുതിശിരപക്ഷസമാശ്രീയതാം വളരെ പ്രധാനപ്പെട്ട വാക്യമാണത് ശ്രുതിശിരപക്ഷ സമാശ്രീയതാം ശ്രുതിശിരപക്ഷം വേദാന്തപക്ഷം വേദാന്തപക്ഷത്തെ ആശ്രയിക്കണം അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താ ചോദിച്ചാൽ പൊതുവെ ജിജ്ഞാസുക്കളായി ഗുരുനാഥനെ പ്രാപിച്ച് ശാസ്ത്രശ്രവണം ചെയ്യുന്ന ഒരാളെക്കുറിച്ചാണല്ലോ അവിടെ പറഞ്ഞത് അപ്പൊ അയാൾ മറ്റു പല ശാസ്ത്രങ്ങളും പഠിച്ചിട്ടുണ്ടാവും ന്യായവും വൈശേഷികവും സാഖ്യവും യോഗവും ഒക്കെ മനസ്സിലാക്കി കൈതിരിപ്പുണ്ടാവും ഉണ്ടാവാം അല്ലെങ്കിൽ ഇതര വിപരീതങ്ങളായ പല ശാസ്ത്രങ്ങളും അയാൾ പഠിച്ചിട്ടുണ്ടാവും പൊതുവെ ആരും ആദ്യം തന്നെ പോയി പഠിക്കാറില്ല ഇനിയിപ്പോന്നും പഠിച്ചിട്ടില്ലാച്ചാ ലോകത്തിൽ ലൗകികമായിട്ട് പല വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ട് വലിയ അറിവ് അവിടെ ആ പഠിക്കുന്നതിനൊരു പ്രക്രിയ ഉണ്ടാവും അതിൽ നമുക്ക് ആദരവുണ്ടാവും തീർച്ചയായിട്ടും ആദരവ് വേണം പക്ഷേ ആ പ്രക്രിയ അനുസരിച്ച് വേദാന്തം പഠിക്കാൻ പറ്റില്ല ർത്ഥം വ്യക്തമാണോ ഓരോ മേഖലയിലുള്ള അറിവ് സമ്പാദിക്കുന്നതിനും വ്യത്യസ്തങ്ങളായ പ്രക്രിയകളുണ്ടാവും അപ്പൊ ഇതരങ്ങളായ ശാസ്ത്രങ്ങളിൽ വിദ്വാൻമാരായ നമ്മൾ ആ പഠിച്ച സംസ്കാരവും ഞാൻ എന്നതൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുള്ള ഒരു അഭിമാനവും അതിൻ്റെ ഒരു സമ്പ്രദായവും അല്ലെങ്കിൽ അതിൽ പറഞ്ഞ പദാവലികളും ഒക്കെ മനസ്സിൽ വെച്ചിട്ടായിരിക്കും വേദാന്തം കേൾക്കാൻ പോവാൻ എന്നിട്ട് ആ പദ്ധതിക്കനുസരിച്ച് വേദാന്തം പഠിക്കാൻ പുറപ്പെട്ടാൽ സംഗതി ശരിയാവില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം പലപ്പോഴും സംഭവിക്കും അപ്പോ ചെറിയ ദൃഷ്ടാന്തം പറഞ്ഞാൽ ഒരാൾ യോഗം നല്ലവണ്ണം പഠിച്ചു ചോദിച്ചോ യോഗ ഇപ്പൊ യോഗദർശനം നല്ലോണം പഠിച്ചിട്ട് അത് നല്ലോണം തലയിൽ കയറിയിട്ടുണ്ട് അയാളാണ് വേദാന്തം പഠിക്കാൻ പോണത് ഗുരുനാഥനടുന്ന് വാക്യം ശ്രവിച്ചു ഇപ്പൊ ഈ വാക്യവിചാരം അയാൾ ചെയ്യുന്നത് യോഗശാസ്ത്രത്തിനനുസരിച്ചാവും ഒരിക്കലും വേദാന്ത പ്രക്രിയ അതല്ല രണ്ടിനുണ്ടാണ് വേദാന്ത ശ്രവിക്കേണ്ടത് മനനം ചെയ്യേണ്ടത് വേദാന്ത പ്രക്രിയയ്ക്കനുസരിച്ചാണ് ഇത് ഈ ശുദ്ധമായ സമ്പ്രദായ ശുദ്ധിയോടുകൂടി ഒരു ഗുരുനാഥൻ്റെ അടുന്ന് പഠിച്ചിട്ടുള്ള ഒരാൾ ശാസ്ത്രം പറയുന്നു കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും ഇയാൾ ശുദ്ധ സമ്പ്രദായത്തിലാണോ അല്ലയോ എന്ന് കാരണം ഇല്ലെങ്കിൽ വേദാന്തമായിരിക്കും പറയണത് അവിടുന്ന് ഘടിപ്പിക്കും കുറച്ച് യോഗത്തെ എവിടുന്ന് ഘടിപ്പിക്കും കുറച്ച് സാങ്കേത്തെ അവിടുന്ന് കുറച്ച് ന്യായത്തെ എല്ലാം കൂടി ഒരു മസാലയായിട്ട് അവസാനമൊന്നിനും കൊള്ളില്ല അതെ പ്രത്യേകിച്ച് ഒരു വ്യക്തി സാമ്പ്രദായിക ശുദ്ധിയോടുകൂടി പഠിച്ച ആളാണോ എന്നുള്ള ദൃഷ്ടാന്തം പറഞ്ഞത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും സംശയമില്ല ഇല്ലെങ്കിൽ ഒരാശയം പറയണത് ദ്വൈതപരമായിട്ടായിരിക്കും വേറൊന്ന് അദ്വൈതപരമായിട്ടായിരിക്കും ദൃഷ്ടാന്തം പറഞ്ഞത് വിശിഷ്ടദ്വൈതത്തിൽ നിന്നായിരിക്കും എല്ലാം കൂടി ആകെ ഒരു അവിയൽ പരുവായിരിക്കും ഒക്കെ കഴിഞ്ഞു എന്താ ഉണ്ടായത് നല്ല പ്രസംഗമായിരുന്നു സ്വാമി അസലായിരുന്നു വളരെ സന്തോഷം ഇനിയും ധാരാളം െങ്കിൽ പ്രസംഗിക്കാനും യോഗ ഉണ്ടാവട്ടെ ഇങ്ങനെ കേൾക്കാനും യോഗ ഉണ്ടാവട്ടെ കാരണം തീരില്ല സംശയം നിവൃത്തി വരില്ല പോയിക്കൊണ്ടേയിരിക്കും തുടർന്നുകൊണ്ടേയിരിക്കും അതെ അല്ലെങ്കിൽ ഒരുപാട് കേൾക്കൊന്നും വേണ്ട എന്തിനാണ് ഒരുപാട് കേൾക്കണമെന്ന് ഞാൻ പാട്ട് പ്രാവിശിട്ടാ പത്താം ക്ലാസ് പാസായ സ്വാമിക്കറിയോ ഞാൻ മോശക്കാരനല്ല അല്ലേ അപ്പൊ ഒരുപാട് കൊല്ലം ഒരുപാട് പ്രാവശ്യം വേദാന്തം കേട്ടു എന്നുള്ളത് മഹത്വമല്ല ആർക്കും വിരോധം തോന്നരുതേ അതൊരു മഹത്വമല്ല കേൾക്കട്ടാന്ന് പറഞ്ഞിട്ടില്ല കാരണം കൃതാർത്ഥത വേണ്ടാവണ വരെ കേൾക്കണം എന്ന് തന്നെയാണ് ശാസ്ത്രം പറഞ്ഞത് ആ വൃത്തിയിലസഹൃതോപദേശ സഹൃത ഉപദേശം വീണ്ടും വീണ്ടും ഉപദേശിക്കണം ശ്രവണം ആവർത്തിക്കണം വീണ്ടും വീണ്ടും വീണ്ടും കൃതാനിൽ കേൾക്കണം പറഞ്ഞുകൊണ്ടേ കേട്ടുകൊണ്ടേയിരിക്കണം എത്ര കേൾക്കണം എന്ന് ചോദിച്ചാൽ ദിവസം ഉറങ്ങണവരെ ജീവിതത്തിൽ മരിക്കണവരെ കേട്ടുകൊണ്ടിരിക്കണം പക്ഷേ കേൾക്കണത് നിൽക്കും എപ്പോ കൃതാർത്ഥതയായി കഴിഞ്ഞാൽ കൃതാർത്ഥത പര്യന്തം കേൾക്കണം തീർച്ചയായിട്ടും എങ്കിൽ തന്നെയും ഒരൊറ്റ ശ്രവണം കൊണ്ട് കൃതാർത്ഥനായാലോ അതാ കേ അതുകൊണ്ട് വേദാന്ത പ്രക്രിയയ്ക്കനുസരിച്ച് വേണം വേദാന്ത വിചാരം ചെയ്യാൻ നമ്മൾ മറ്റ് പല ശാസ്ത്രങ്ങളും തലേക്ക് എത്തി വെച്ചിട്ട് അല്ല വേണ്ടത് ഇതേത് മേഖലയിലും ഇങ്ങനെ തന്നെയാണ് ഓരോന്നിനും അതിൻ്റെ ശുദ്ധിയിൽ വേണം പോവാൻ എല്ലാം കൂടിയാണ് കൂട്ടിപ്പൊഴയ്ക്കരുത് പ്രാശം ചിന്തിക്കുക അതുകൊണ്ട് എന്ത് വേണം ഈ വേദാന്ത വാക്യ വിചാരം ചെയ്യുമ്പോൾ ശ്രുതിശിരപക്ഷ സമാശ്രീയതാം വേദാന്ത പക്ഷത്തെ സമാശ്രയിച്ചുകൊണ്ട് വേണം വിചാരം ചെയ്യാൻ ഇതിനാണ് വാസ്തവത്തിൽ നമുക്ക് അനേക വേദാന്ത പ്രകരണ ഗ്രന്ഥങ്ങളെ ആചാര്യന്മാർ തന്നത് ഉദ്ദേശത്തിന എത്ര പ്രകരണ ഗ്രന്ഥങ്ങളുണ്ട് വിവേകചുരമണിയായാലും വാക്യവൃത്തിയായാലും ലഘുവാക്യവൃത്തിയായാലും ഇന്നതെന്ന് പറയണില്ല സർവവേദാന്ത സിദ്ധാന്ത സാരസംഗ്രഹമായാലും വിദ്യാരണസ്വാമികളുടെ പഞ്ചദശി തുടങ്ങിയ കൃതികൾ ഇന്നതെന്ന് പറയണില്ല എല്ലാ വേദാന്ത പ്രകരണ ഗ്രന്ഥങ്ങളും തന്നെ നമുക്ക് വേദാന്ത സമ്പ്രദായത്തിനനുസരിച്ച് വിചാരം ചെയ്യാൻ സഹായകമാ പറയണത് ബാക്യാർത്ഥ വിചാരം ശ്രുതിശിരപക്ഷ സമാശ്രയത വേദാന്തപക്ഷത്തെ സമാശ്രയിച്ചുകൊണ്ട് ആയിരിക്കണം സദാ വേദാന്ത പക്ഷത്തെ നീ സമാശ്രയിച്ചാൽ അങ്ങനെ വിചാരം ചെയ്യും വ്യക്തമാണോ പറയുന്നത് അല്ലേ വ്യക്തമല്ലേ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ വിഷമാണത് ഉദാഹരണം പറഞ്ഞാൽ വേദാന്തശാസ്ത്രം പഠിക്കുകയാണ് അവിടെ പോരാൾ സമാധിന്നൊരു പദം കണ്ടു സമാധി അപ്പൊ എവന്റെ തലേൽ യോഗശാസ്ത്രം തലേദാണം കയറിയാളാ അപ്പൊ അവിടെയെന്നു വച്ചാൽ പല ജാതി സമാധി ഉണ്ട് സബീജം നിർബീജം സവികല്പം നിർവികൽപം എല്ലാം കൂടി ആകെ പൊല്ലാപ്പാകും ഇവിടെ വേദാന്തത്തിൽ ഇപ്പൊ എന്താ സമാധിയുടെ അർത്ഥം അത് സവികല്പാണോ നിർവികൽപ്പാണോ സബീജാണോ നിർബീജാണോ എന്നൊക്കെ സംശയം ഒരൊരിക്കലും പദാർത്ഥ നിർണയത്തിലെത്തില്ല അല്ലെങ്കിൽ ഇതരമായ ഏതെങ്കിലും ഒരു ശാസ്ത്രം അനുസരിച്ച് ധ്യാനം എന്താണെന്ന് മനസ്സിലാക്കിയില്ല വേദാന്തത്തിൽ ധ്യാനം എന്ന് കേൾക്കേണ്ട ഇത് രണ്ടു ഒന്നാണോ അല്ലയോ സംശയമായി ഇതിനേക്കാൾ പോലെ അപ്പൊ പറയാം സാഖ്യ ദർശനത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ പുരുഷനുണ്ട് പുരുഷൻ വേദാന്തത്തിലും പുരുഷനുണ്ട് അപ്പോ ഈ വേദാന്തത്തിൽ പറയുന്ന പുരുഷൻ തന്നെയാണോ അപ്പൊ സാഖ്യത്തിൽ പറയുന്ന പുരുഷൻ സംശയമായി അതുകൊണ്ട് വേദാന്ത വിചാരത്തിൽ അതിൻ്റെ സമ്പ്രദായ ശുദ്ധിയോടുകൂടി വേദാന്ത വിചാരത്തിന് വേദാന്ത പക്ഷത്തെ തന്നെ ആശ്രയിച്ചുകൊണ്ടായിരിക്കണം വിചാരം എന്നാലേ വേദാന്തവാക്കിയ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കൂ അപ്പൊ ശ്രുതിശിര പക്ഷോ ശ്രുതിശിര പക്ഷ സമാശ്രീയതാം അങ്ങനെ വിചാരം ചെയ്യുന്ന ഒരു സാധകൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് അതെന്താ ദുസ്തർക്കാസുവിരമ്യതാം ഇത് വേദാന്തത്തിൽ മാത്രമല്ല ഏത് ശാസ്ത്രത്തിലായാലും കുറച്ച് പഠിക്കുമ്പോ നമുക്ക് തർക്കങ്ങളിലൊക്കെ പോവാനുള്ളൊരു ബുദ്ധി ഉണ്ടാവും അത് ആ ബുദ്ധികേടുണ്ടാവും അതെ കുറച്ച് ശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ വലിയ വിദ്വാനാൻ തോന്നിയായി അയാളോട്ടും തർക്കിച്ചു പറയാം ഇയാളോട്ട് തർക്കിച്ചു കളയാം ദുസ്തർക്കം അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വേദാന്തവാക്യം തർക്കത്തിൽ ഘടിപ്പിക്കാനുള്ളതല്ല തർക്കത്തിലൂടെ നിർണയമില്ല അതിരാപന ഈ ആത്മബുദ്ധി തർക്കത്തിലൂടെ നേടാൻ കഴിയില്ല ആത്മബുദ്ധി തർക്കത്തിലൂടെ നേടാൻ കഴിയില്ല അതർക്കമാണ് പ്രമാണാത് അതർക്കമാണ് പരമസത്യം അതർക്കയമാണ് തർക്കത്തിൽ ഘടിപ്പിക്കേണ്ടതല്ല എങ്കിൽ തന്നെയും ഒരു ഗുരുനാഥന്റെ അടുത്ത് കുറച്ചൊക്കെ ശ്രവണം ചെയ്ത് കുറച്ച് ശാസ്ത്രമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ വാസന വരും തർക്കിക്കാൻ നല്ല നല്ല ഉപസ്ഥിതി വന്ന അഭ്യാസികൾക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ ഈ പഠിച്ചു തുടങ്ങണ ആൾക്കാർ കുറച്ചൊരു കാലം എന്തെങ്കിലുമൊക്കെ കരാട്ടയോ അല്ലെങ്കിൽ കളരിയോ അല്ലെങ്കിൽ ഗുങ്കുവോ ഇന്നതൊന്നും പറയണില്ല ഒന്ന് രണ്ടു കൊല്ലം പഠിച്ചു എന്ന് വിചാരിച്ചോളൂ എവിടെയെങ്കിലും ഒന്ന് പ്രയോഗിക്കണമല്ലോ ആരോടെങ്കിലും ഒന്ന് പ്രയോഗിക്കണമല്ലോ അത് തോന്നലുണ്ടാവും ഉണ്ടാവും രണ കണ്ടു എന്ന് പറയും യുദ്ധ ചൊറി യുദ്ധച്ചൊറി ഉണ്ടാവുക രാവണനെ യുദ്ധച്ചൊറി ഉണ്ടായി എന്നൊന്നാണ് പറയുന്നത് ആരെയും കിട്ടില്ല കിട്ടാതെയുണ്ട് ആരുടെങ്കിലും യുദ്ധം ചെയ്യണമല്ലോ പക്ഷേ പരിനിഷ്ഠിതന്മാരായ അഭ്യാസികൾക്കോ ഒന്നും ഉണ്ടാവില്ല ആരവരോട് അങ്ങോട്ടേക്ക് എന്തായാലും വേണ്ട മക്കളെ എന്തിനാണ് വേണ്ട അത് എന്തിനാണ് കളിക്കുന്നത് എന്നവര് ചോദിച്ചൊഴിഞ്ഞു മാറുകയുള്ളൂ അതുകൊണ്ട് സാധനാതലത്തിൽ വിചാരമാർഗത്തിൽ മുന്നോട്ടു പോകുന്ന സാധകൻ ദുസ്തർക്കങ്ങളിൽ പോയി കൊടുങ്ങരുത് ദുസ്തർക്കാസുവിരമ്യതാം ദുസ്തർക്കത്തിൽ നിന്നും നല്ലപോലെ വിരമിച്ചാലും ഒരു ദുസ്തർക്കത്തിലേക്ക് നീ പോയി പെടരുതേ വാക്യാർത്ഥശ്ച വിചാര്യതാം ശ്രുതിശിരപക്ഷ സമാശ്രീയതാം ദുസ്തർക്കാസുവിരമ്യതാം അവിടെ നിൽക്കട്ടെ ബാക്കി നമുക്ക് നാളെ കൃത്യസമയത്ത് വേദങ്ങൾ അതികഠിനമാണ് ദുർജ്ഞേയങ്ങളാണ് അത് ഗ്രഹിക്കുക എന്നതും അതികഠിനമാണ് എല്ലാ വികൽപ്പങ്ങളും അടങ്ങി പരം നിർവികൽപ്പങ്ങളായ അദ്വൈതാവസ്ഥയിൽ മാത്രം ഒരാൾ വേദ്യമായ ബ്രഹ്മതത്വം അറിയുന്നു എന്ന് മനസ്സിലാക്കുന്നു ഇങ്ങനെയെങ്കിൽ വേദങ്ങളുടെ പേരിൽ നാട്ടിൽ നടക്കുന്ന കോലാഹലങ്ങളിൽ എന്ത് സാങ്കത്യമാണുള്ളത് സ്വാമി ഒന്ന് വിശദീകരിക്കുമോ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് വേദങ്ങളുടെ പേരിൽ നാട്ടിൽ നടക്കുന്ന കോലാഹലങ്ങളിൽ എന്ത് സാങ്കത്യമാണുള്ളത് ഒരു സാങ്കത്യവും ഇല്ല ഇപ്പം പറഞ്ഞ വിഷയം അത് തന്നെയാണ് എങ്ങനെയങ്ങനെ ഒത്തു വന്നൂന്നാ ഇപ്പൊ പറഞ്ഞാൽ തന്നെയാ കുറച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ തർക്കത്തിന് പോവാനുള്ള വാസനയായി കുറച്ച് ചില വിദ്യകളൊക്കെ അഭ്യസിച്ചാൽ രണ്ട് കൈ നോക്കിക്കളയാനുള്ള ഒരു വാസനയായി ശാസ്ത്രത്തിൽ പരിനിഷ്ഠിതമായ സിദ്ധി വന്നു കഴിഞ്ഞാൽ അവൻ ശാന്തനായി എത്ര ലളിതമായിട്ടാണ് ശ്രീരാമകൃഷ്ണദേവനൊരു ദൃഷ്ടാന്തം പറഞ്ഞുതരാം വെണ്ണ ഉരുക്കാൻ വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ശബ്ദ പാത്രത്തിൽ ഉണ്ടാവുന്നത് അടുപ്പിന്റെ മോളാണ്ട് വെച്ച് കഴിഞ്ഞാൽ ശബ്ദത്തോട് ശബ്ദം അത് ശരിക്കും ഉരുകിയാണ്ട് നെയ്യായി കഴിഞ്ഞാലോ പിന്നെ ഒരു ശബ്ദവും ഇല്ല മറ്റേ ജലാംശമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ശബ്ദവും ഇല്ല അത് ശാന്തമായിട്ട് ഞാൻ തിളക്കിയായി അത്രയേ ഉള്ളൂ എന്താണ് കൂട്ടാൻ കഷ്ണം അടുപ്പത്ത് വെച്ചാൽ അത് മനസ്സിലാക്കാം ഇല്ലേ കറി ഉണ്ടാക്കുമ്പോ പ്രഷർ കുക്കറൊക്കെ ആവുമ്പോൾ കാണുകയില്ല അതാ പ്രശ്നം സാധാരണ പാത്രത്തിൽ ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം അത് കത്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചാടി ചാടി ചാടി കളിക്കുക എന്താ ചാട്ടം നാ കഷ്ണത്തിൻ്റെ അല്ലേ ശരിക്കും വന്നു കഴിഞ്ഞാലോ ചാട്ടമൊക്കെ നിന്നും ഇങ്ങനെ പതുക്കളരിളക്കം അത്രയുള്ളൂ അത്രയുള്ളൂ വേറൊന്നുമില്ല അതുകൊണ്ട് സാരമില്ല കോലാഹലങ്ങളൊക്കെ നാട്ടിൽ നടക്കട്ടെ എല്ലാ കോലാഹലങ്ങളും നല്ലതാണ് വേദാന്തത്തിൻ്റെ പേരിൽ കോലാഹലം ചിതാനന്ദപുരുസ്വാമിയുടെ വേദാന്ത പ്രസംഗം നടക്കുന്നു അതൊരു കോലാഹലം അതുപോലെ പലരും പലരും വേദത്തിൻ്റെ പേരിൽ കോലാഹലം ഒക്കെ നടക്കട്ടെ എല്ലാ അടങ്ങും അടങ്ങിയവർക്കറിയാം അടങ്ങിയതാർക്കും അടങ്ങാത്തവർക്ക് അറിയില്ല അടങ്ങിയതാർക്കെന്ന് അത് ശ്രദ്ധിക്കാം അതുകൊണ്ട് സ്വയം പരിനിഷ്ഠിതമായ ആ ഒരു തത്വവിജ്ഞാനത്തിലേക്ക് ഉയരുമ്പോൾ ഈ കോലാഹലമൊക്കെ നിന്നോളും പിന്നെ വേറൊരു വിഷയമുണ്ട് ഈ കോലാഹലം കുറച്ചൊക്കെ നല്ലതുമാണ് എല്ലാ ബസിന്റെ മോൾ പുറത്തും ബോർഡുണ്ട് കണ്ണൂർ തൃശൂർ പാലക്കാട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ആർക്കാപ്പൊ പോകേണ്ട ആൾക്കാർക്ക് ചത് നോക്കി കയറിയാ പോരേ അത് നോക്കിയിട്ടല്ലാണ്ട് ആരെങ്കിലും കയറുമോ എന്നാലും വിളിച്ചു പറയുന്നുണ്ട് എന്ത് ബഹ്ളാ ഭഗവാനെ തൃശൂർ ബസ് സ്റ്റാൻഡൊക്കെ പോയി കഴിഞ്ഞാൽ പടി പൊട്ടി നിന്ന് വ്യായിരിക്കും അതെ കൊടുങ്ങല്ലോ വിളിച്ചു പറയേണ്ട ഗുരുവായും വിളിച്ചു പറഞ്ഞു കുന്നംകുളം വിളിച്ചു പറയും എന്തൊക്കെയാ വിളിച്ചു പറയണം ശരിക്കാൻ കേട്ട് കഴിഞ്ഞാൽ അപ്പ പൊട്ടി അടി നമ്മൾ വിചാരിക്കണം പക്ഷെ പോകാൻ നേരത്തെ അവർ കൈ കൊടുത്ത് പോവുകയും ചെയ്യും ഒരു വിരോധ വൃത്തിയാണ് അത് ശൈലിയാണ് ആ കോലാഹലം കേട്ടിട്ട് കുറച്ചുപേരെങ്കിലും കയറും കുറച്ചുപേരെങ്കിലും കയറിക്കഴിഞ്ഞാൽ കോലാഹലമൊന്നുമില്ല അതുകൊണ്ട് ആത്യന്തികമായ ദൃഷ്ടിയിലൊന്നും വലിയ അർത്ഥമൊന്നുമില്ലെങ്കിലും ചില പൊടിപ്പും തൊങ്ങലും ചില കോലാഹലമൊക്കെ ആയിട്ട് കേൾക്കുമ്പോൾ അത്യന്തം മന്ദാധികാരികളായവർ ഒന്നാന്ന് പോയി വെക്കണമല്ലോ ഒന്നായി പരസ്യജാലങ്ങളൊക്കെ പെട്ടു ഒന്ന് പോയി വെക്കണമല്ലോ അങ്ങനെ കുറച്ച് ചില ആൾക്കാർ വേദത്തിൻ്റെ ആ ഒരു ഛായയിലേക്ക് ആകർഷിക്കപ്പെട്ടാൽ നന്നായി അത്രയേ സ്വയം ഉള്ളുകൊണ്ട് ഇതിൽ നിന്നെല്ലാം ഉപരമിച്ചവനാവുക ശ്രദ്ധിക്കുക അതിൽ കവിഞ്ഞൊന്നും പറയാനില്ല ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില തിരിച്ചടികളും പരാജയങ്ങളും നേരിട്ട ഒരു വ്യക്തിയാണ് ഞാൻ നഷ്ടപ്പെട്ടുപോയ പലതിനെയും കുറിച്ച് ഓർത്തുള്ള വിഷമം മറക്കാനാവുന്നില്ല ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും ആകുലതകളും തീരുന്നില്ല അത് വേണ്ട പലപ്പോഴും ജീവിതം അടുത്തതായി തോന്നിയിട്ടുണ്ട് ഈ വിഷമങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒരു മോചനം ഞാൻ ആഗ്രഹിക്കുന്നു ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തളരാതെ മുന്നോട്ടു പോവാൻ സന്തോഷകരമായൊരു ജീവിതം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് സ്വാമിയുടെ വിലയേറിയ ഉപദേശ നിർദ്ദേശങ്ങൾ പ്രതീക്ഷിക്കുന്നു നോക്കൂ അടിസ്ഥാനമായിട്ടൊരു കാഴ്ചപ്പാട് നമുക്ക് വേണം നമ്മുടെ ലോ ഏറ്റവും വലിയ ഗുരുനാഥൻ മൈക്കിലൂടെ വന്ന് പ്രസംഗിക്കുന്ന ആരുമല്ല നമ്മുടെ ജീവിതമാണ് ജീവിത അനുഭവങ്ങളാണ് അനുഭവങ്ങളെ വേണ്ട രീതിയിൽ വിലയിരുത്താൻ നമ്മൾ ശ്രമിക്കണം വിലയിരുത്താൻ ശ്രമിക്കുന്നില്ലെങ്കിൽ നൂറുകളിലും ജീവിച്ചിട്ടൊരു കാര്യവുമില്ല വീണ്ടും ബാലൻ തന്നെയായിരിക്കും കുമാരൻ തന്നെയായിരിക്കും നേരെ മറിച്ച് തനിക്ക് ജീവിതത്തിൽ വന്നു ചേരുന്ന അനുഭവങ്ങളെ യഥാവത്ത് വിലയിരുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഓരോ അനുഭവവും നമുക്കോരോ പാഠങ്ങളെ തരും ഓരോ പാഠവും തന്നെ നമ്മളെ ജീവിതമാർഗത്തിൽ കൂടുതൽ കൂടുതൽ കരുത്തരാക്കി തീർക്കും സംശയമില്ല ഏത് പ്രതിസന്ധിയേക്കും ലാഘവത്തോടുകൂടി നേരിടാനുള്ള തൻറ്റേടം നമുക്ക് നൽകും ഇതിന് ജീവിതത്തെ നല്ലതുപോലെ അപഗ്രഹിക്കുക പാഠങ്ങളെ ഉൾക്കൊള്ളുക പിന്നെ അറിയുക ജീവിതത്തിൽ ഉയരേണ്ടവന് മാത്രമേ പ്രശ്നങ്ങളുണ്ടാവൂ ഉയരേണ്ടവന് മാത്രമേ പ്രശ്നം ഉണ്ടാവുള്ളൂ അല്ലാത്തവനൊരു പ്രശ്നം ഉണ്ടാവില്ല വലിയൊരു കുന്നിന്റെ മണ്ടയിലേക്ക് കയറണച്ചാ എത്ര പണിയുണ്ട് അവിടുന്ന് ഒരു താഴെ വീഴണമെങ്കിൽ വല്ല പണിയുണ്ടോ വളരെ എളുപ്പമാണ് സുഖമായിരിക്കും അവന്റെ ജീവിതം സുഗമമായിരിക്കും എന്നാൽ ജീവിതത്തിൽ ഉയരുക എളുപ്പമല്ല അതുകൊണ്ട് പ്രശ്നങ്ങളും പരീക്ഷണങ്ങളും വരട്ടെ അപ്പോൾ സ്വാമി പ്രശ്നവും പരീക്ഷവും ഒക്കെ വരാം പക്ഷെ പരാജയങ്ങൾ നോക്കൂ നമുക്ക് അർഹതയുള്ളതല്ലാണ്ട് നമുക്ക് വരുന്നില്ല നമുക്ക് വരേണ്ടതേ നമുക്ക് വരൂ ജീവിതത്തിൽ വേറൊരാൾക്ക് വരേണ്ട അനുഭവം നമുക്ക് വരില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും ഇന്നലെകളിലും ഇനിയാന്നും ചെയ്തതിന്റെ ഫലരൂപമാണ് ഇന്നെനിക്ക് വരുന്നത് വന്ന് തീരട്ടെ വേറെ ആരും അനുഭവിക്കില്ല എന്റെ കർമ്മം വേറെ ആരും അനുഭവിക്കാൻ കൂടിയാൽ ആ ഭുക്തം കർമ്മക്ഷീയതേ ജന്മ കോടി ശതയിരപി നൂറുകോടി ജന്മങ്ങൾ കഴിഞ്ഞാലും കർമ്മഫലം അനുഭവിക്കാണ്ട് തീരില്ല അതുകൊണ്ട് ഇന്നലകളിൽ ചെയ്തതിന്റെ ഫലരൂപം വരട്ടെ ഞാനിതാ സമചിഷ്ടതയോടുകൂടി അനുഭവിക്കുന്നു പതറിപ്പോവരുത് പതറിയരുത് പതറിയാൽ പോയി നാളെയെങ്കിലും നല്ലൊരവസ്ഥയിലേക്ക് ഉയരാൻ ഞാനിതാ ഇന്ന് സത്കർമ്മങ്ങളെ ചെയ്യുന്നു ദൃഢമായി ഇതിൽ ശ്രദ്ധ ഉണ്ടാവുക അപ്പൊ നമ്മൾ വേറെ ആരെയും കുറ്റപ്പെടുത്തില്ല ലോകത്തിലൊരാളെനിക്ക് കുറ്റപ്പെടുത്താനില്ല കാരണം എന്റെ കർമ്മത്തിന് അനുരൂപമായിട്ടാണ് എനിക്ക് ഫലം വന്നു ചേരുന്നത് ഇന്നത്തെ അനുഭവങ്ങളൊക്കെ ഇന്നലെകളിൽ എന്റെ കർമ്മത്തിന്റെ ഫലരൂപമാണ് ഇനി ഈ ജീവിതയാത്രയിൽ സുഖവും ദുഃഖവും മാനവും അപമാനവും ശീതവും ഉഷ്ണവും എല്ലാം വന്നു ചേരും വന്നതൊക്കെ പോവുകയും ചെയ്യും അതുകൊണ്ട് ആകമാപായിന അനിത്യാഹ താം സ്ഥിതിക്ഷസ്വഭാരത ജീവിതത്തിൽ വരുന്ന എല്ലാ ക്ലേശങ്ങളും സുഖങ്ങളും ദുഃഖങ്ങളും മാനങ്ങളും അപമാനങ്ങളും എല്ലാം വന്നു പോകുന്നവയാണെന്ന് മനസ്സിലാക്കൂ ഒരു ദുരിതമയമായ ഒരവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അയ്യോ കഴിഞ്ഞോ തൊലഞ്ഞോ എനിക്ക് വയ്യ എന്ന് തോന്നിപ്പോ പോകും ആ ഘട്ടത്തെ നമ്മൾ അതിക്രമിക്കും എന്തേടും വിടാതിരിക്കണം അപ്പൊ കാണാം അത് നമ്മളെ കൂടുതൽ കരുത്തരാക്കിയിട്ടുണ്ട് ഏതൊരു പ്രശ്നവും അഭിമുഖീകരിക്കുന്നത് വരെ മാത്രമേ പ്രശ്നമുള്ളൂ പ്രശ്നം എത്ര വരെയാണ് പ്രശ്നം പ്രശ്നം എത്ര വരെയാണ് പ്രശ്നം എന്ന് വെച്ചാൽ അഭിമുഖീകരിക്കുന്നവരെ മാത്രം ആ പ്രശ്നം അഭിമുഖീകരിച്ചാൽ നമുക്ക് മനസ്സിലാവുമതെനിക്ക് കൂടുതൽ തൻ്റെ അടം തന്നിരിക്കുന്നു എനിക്ക് കരുത്ത് തന്നിരിക്കുന്നു ഇനി അതിനേക്കാൾ വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ ഞാനിത് തയ്യാറായിരിക്കുന്നു ഇതാണ് ജീവിതയാത്ര ഇതൊക്കെ പറഞ്ഞാലും ചിലപ്പോ നമുക്ക് പ്രയാസം വരും അപ്പൊ ചെറിയൊരു മന്ത്രം ഓർമ്മിക്കുക വരുന്നതിനെ പോണതിനെ ഉപേക്ഷിക്കുക ആ മതി ഇത് വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഇതായിരിക്കണം ജീവിതവ്രതം വരുന്നതിന് അപേക്ഷിക്കുക പോണതിനെ ഉപേക്ഷിക്കുക ആയാതം ആയാതം അപേക്ഷണീയം ഗതം ഗതം സർവം ഉപേക്ഷണീയം വരുന്നതിന് വരുന്നതിനെ അപേക്ഷിച്ചോള പോണതിന് പോണതിനെ ഉപേക്ഷിച്ചോളാം നമുക്ക് എന്താ കുഴപ്പം നമ്മൾ വരുന്നതിനെ അപേക്ഷിക്കില്ല പോണതിനെ ഉപേക്ഷിക്കുകയില്ല പോണതിനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും പിടിച്ചു വെച്ചാൽ പോവില്ലേ പോണ്ടത് എന്നെ വിട്ടു പോയേ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോണ്ട ആൾ പോണ്ടേ അത് പോകണ്ടിരിക്കയോ പോണതിനെ വിട്ടേക്കൂ പോണ്ട സമയത്താ പോണത് ആ സ്ഥാനത്തൊന്നും പോണില്ല അസമയത്തൊന്നും പോണില്ല വരുന്നതിനെ അപേക്ഷിക്കണം സമചിത്തതയോടുകൂടി അപ്പൊ സ്വാമി ഒരു ദുരിതം ജീവിതത്തിൽ വന്നു രോഗം വന്നു ചികിത്സിക്കേണ്ട എന്നാണോ പറയണത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ സമചിത്തതയോടുകൂടി സ്വീകരിക്കൂ സമചിത്തതയോടുകൂടി സ്വീകരിച്ചിട്ട് ശാസ്ത്രത്തിൽ പറഞ്ഞ ചികിത്സാരീതി അനുവർത്തിച്ചോളൂ പക്ഷേ അന്ധകരണത്തിന് ഈ ഒരു സ്വീകരിക്കാനുള്ള മനോഭാവം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ് ചെറുപ്പത്തിലെ നമുക്കുണ്ടായിരിക്കണം നമ്മൾ കുട്ടികൾക്ക് ചെറുപ്പത്തിലേത് കൊടുക്കണം ചെറിയ പ്രതിസന്ധികൾ വരുമ്പോഴത്തേക്ക് വാടിക്കരിഞ്ഞു പോകുന്നു നമ്മുടെ മക്കൾ എന്തിന് മക്കളെന്ന് പറയുന്നു ഇപ്പോഴത്തെ മുതിർന്നവരും പലരും അങ്ങനെയൊക്കെയായിരുന്നു എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഒരു പതർച്ചയും ഇല്ലാതെ ജീവിച്ചിരുന്നില്ലേ നമ്മൾ ഇന്നിപ്പോ ദിനം പ്രതി പരിവർത്തനം വരുന്നു സമൂഹത്തിന് അതുകൊണ്ട് ശ്രദ്ധിക്കണം വരുന്നതിനെ അപേക്ഷിക്കുക പോണേനെ ഉപേക്ഷിക്കുക ഇത് ശ്രദ്ധിക്കുക എന്നാൽ സമാധാനം ഉണ്ടാവും ശാന്തി ഉണ്ടാവും ചെറിയ മന്ത്രം പഠിച്ചാൽ മതി അതുകൊണ്ട് ഇന്നലെ കഴിഞ്ഞുപോയി അതിന് തിരിച്ചു വരാൻ പോണില്ല അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട പാഠങ്ങളെ സ്വീകരിച്ച് മുന്നോട്ട് പോട്ടെ അതാവാം പാഠങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടി ഇന്നലെകളെ അപഗ്രഥിക്കാം അല്ലാതെ ഇന്നലെകളിലെ ശവമഞ്ചവും കയറി നടക്കരുത് ഇന്നിലായിരിക്കണം നമ്മൾ കഴിയുന്നത് ഇന്നലെ പല അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഇന്നലെ ഞാൻ പലതും ചെയ്തിട്ടുള്ളത് കഴിഞ്ഞില്ലേ ഇതിനാലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞു അതാലോചിക്കാം അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ മാത്രം അല്ലാതെ ഇന്നലെ ആലോചിച്ചിരിക്കേണ്ട ഒരാൾ രാവിലെ നാലുമണിക്ക് എണീറ്റ് ജപിക്കാൻ നിശ്ചയിച്ചു ഉണന്നപ്പോ അഞ്ചര മണി അയ്യോ നാലുമണിക്ക് എണീക്കണം വിചാരിച്ചിരുന്നു അഞ്ചര ആയാലും അഞ്ചരായാലും അഞ്ചര ഈ പറഞ്ഞ നേരം ജവിച്ചൂടെ ഇതൊരു വീക്ഷണമാണ് അഞ്ചര ഈ സന്തോഷം ഉറങ്ങിയതല്ലേ സുഖല്ലേ പിന്നെന്താ കുഴപ്പം ഉറക്കത്തിന് പോലെ സുഖം എന്തിനാണുള്ളത് ഇനിയും ഉപയോഗിക്കുക ഞാൻ ജീവിച്ചോളി നമുക്ക് ആ നേരായി വൈകി വൈകി എന്ന് പറയുന്നത് കളയണത് പലപ്പോഴും നമ്മളിങ്ങനെയാണ് അതുകൊണ്ട് ഇന്നലെ കഴിഞ്ഞു പോയി അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല വരാൻ പോകണതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ടിട്ടൊരു കാര്യം ഉണ്ടാവാൻ പോണില്ല വരുന്നതും കൂടി അപകടവും പിന്നെ മറ്റൊരു പരമരഹസ്യമുണ്ട് പരമരഹസ്യം തന്നെയാ സൃഷ്ടിവിഷയകമായ ശ്രുതികളിലൊക്കെയും പറയുന്നത് സങ്കൽപ്പത്തിൽ എന്നാണ് സൃഷ്ടി എന്നാണ് എല്ലാ സൃഷ്ടികളും സംഭവിക്കുന്നത് സങ്കൽപ്പത്തിൽ എന്നാണ് ഇത് ഓർമ്മിക്കണം ഇതാണ് പരമരഹസ്യം ഇത് പത്ര വലിയ കാര്യ ഇതാ മുഖ്യം അതുകൊണ്ടൊരിക്കലും തെറ്റായി സങ്കൽപ്പിക്കരുത് ഒരിക്കലും പരാജയങ്ങളെ സങ്കൽപ്പിക്കരുത് ഒരിക്കലും ദുഃഖങ്ങളെ സങ്കൽപ്പിക്കരുത് ഒരിക്കലും വേണ്ടാധീനങ്ങളെ സങ്കൽപ്പിക്കരുത് എപ്പോഴും ശുഭമായി സങ്കൽപ്പിക്കുക എപ്പോഴും വിജയം സങ്കൽപ്പിക്കുക നന്മ സങ്കൽപ്പിക്കുക സ്നേഹം സങ്കൽപ്പിക്കുക നമ്മൾ ഏതെങ്കിലും തൊഴിൽ ചെയ്യാൻ പോവാണ് തൊഴിൽ വിജയം സങ്കൽപ്പിക്കുക ഒരിക്കലും പരാജയം സങ്കൽപ്പിച്ചൊന്നും പ്രവർത്തിക്കരുത് സങ്കല്പത്തില്ലെന്നാണ് സൃഷ്ടി വരുന്നത് ഈ ജീതിയിൽ ജീവിതത്തെ നോക്കിക്കാണ് അപ്പം നല്ലൊരു വിദ്യാലയമാണ് ഒരിക്കലും മടുക്കാത്ത വിദ്യാലയം ഈ ലോകം അവിടെ മടുപ്പില്ല ഇത് വെറുതെ പുറത്ത് പറയുന്നതാ വരുത് ഈ രീതിയിൽ നമ്മൾ ജീവിതത്തെ സ്വീകരിക്കണം സ്വീകരിച്ചേ മതിയാവും പിന്നെ എന്തെങ്കിലും ചില അനുഷ്ഠാനങ്ങൾ നിത്യ അനുഷ്ഠാനങ്ങൾ നമുക്ക് വേണം ഒരല്പസമയമെങ്കിലും നിത്യവും ജപം ചെയ്യാം മന്ത്രജപം ഇന്നതെന്ന് പറയുന്നില്ല അവനിഷ്ടമുള്ള എന്തെങ്കിലും ഒരു മന്ത്രം ദിവസവും അനുഷ്ഠിക്കുക ശ്രദ്ധയോടുകൂടി അത് നമുക്ക് നൽകുന്ന കരുത്ത് എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഏതെങ്കിലും ഒരു മന്ത്രം ഇന്ന് ഒന്നും പറയണില്ല ശ്രദ്ധയോട് കഴിയുന്നതും നമ്മുടെ ചുറ്റുപാടുള്ള ബാഹ്യപ്രകൃതി ശാന്തമായിരിക്കുന്ന സമയത്ത് രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ഈ ചോറ് കൊടുക്കുന്നതിന് മുമ്പുള്ള കുട്ടികൾ ഉണരുന്നില്ലേ ആ സമയത്ത് അതാ സമയം അപ്പൊ എപ്പോഴാണ് സാമ്യം ഞാൻ ജവിക്കേണ്ടത് നീട്ടിലൊന്ന് ജപിപ്പിച്ച ഒരാൾക്കാർ നമ്മളിതാ പറയാറ് ഈ ചോറ് കൊടുക്കുന്നതിന് മുമ്പുള്ള കുട്ടികൾ അന്നപ്രാശം ചെയ്യുന്നതിന് മുമ്പുള്ള കുട്ടികൾ ഉണരണ സമയത്ത് അതേതാന്ന് കണ്ടുപിടിക്കുക ഈ ഹിന്ദുവിൻ്റെ വീട്ടിൽ പോയാൽ കണ്ടുപിടിക്കാൻ പണിയാ കുട്ടികൾ കുറവാണല്ലോ കുട്ടികളില്ല എന്ന് തന്നെ അങ്ങോട്ടാ പോണത് ഒരു കുട്ടിയില്ല ഏവറേജ് ഒരു വീട്ടില് അല്ല കഷ്ടം തന്നെ എന്തുവാട്ടെ ഏതായാലും ആ പ്രായമുള്ള കുട്ടികൾ എത്ര മണിക്ക് ഉണരും സൂര്യോദയത്തിന് മൂന്ന് മണിക്കൂർ മുമ്പ് മുതൽ ഒരു രണ്ട് രണ്ടേകാൽ മണിക്കൂർ വരെയുള്ള ആ സമയത്ത് ഉണരും ആറു മണിക്കാണ് സൂര്യോദയമെങ്കിൽ മൂന്നിനും നാലിനിടയ്ക്ക് അവർ ഉണരും ഉറപ്പ് സംശയമില്ല കയ്യും കാലോട്ട് കളിക്കും കുറച്ച് ചിരിക്കും കുറച്ച് കരയും ഇതിനെ കടന്ന് വരും ആ സമയത്ത് പക്ഷികളൊക്കെ എത്ര മണിക്കാവണിരുന്നേ ഇതേ സമയത്താ എന്തുമില്ലാസവാന്മാരാ ആ സമയത്ത് ഉണർന്ന് ശൗചങ്ങളൊക്കെ ചെയ്ത് മനസ്സടക്കി ഇനി അടങ്ങിയില്ലെങ്കിലും ശ്രദ്ധയോടുകൂടി ജപിച്ചോളാം അതൊരു വ്രതമാക്കുക്ക് ഇന്നലെ വരെ നമ്മൾ ആടി ഒലഞ്ഞു പോയ ഏത് പ്രതിസന്ധി വരുമ്പോഴും ഉലയാതെ ഇരിക്കാൻ പറ്റും സംശയമില്ല ജീവൻ മുക്തന്മാരായ മഹാപുരുഷന്മാരുടെ സ്വാനുഭവത്തിൽ ന്യൂനാധിക്യങ്ങൾ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത് മനസ്സിലാക്കുന്നത് അദ്ദേഹം സമൂഹത്തിൽ പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം നിജാനന്ദത്തിൽ വർത്തിക്കുന്നു പക്ഷെ ചില മഹാത്മാക്കൾ ജീവൻ തന്നെ അഗ്രഗണ്യന്മാരായി അറിയപ്പെടുന്നു ഉദാഹരണത്തിന് രമണ മഹർഷി അദ്ദേഹം സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ല ഇതെന്തുകൊണ്ടാണ് ശാസ്ത്രം പറയുന്നു വിദ്വത് വരിഷ്ഠൻ തുടങ്ങിയ ഭേദങ്ങൾ എന്തിന്റെ അടിസ്ഥാന ശാസ്ത്രത്തിൽ പറയുന്ന വിദ്വത് വരിഷ്ഠൻ തുടങ്ങിയ ഭേദങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ജീവൻ മുക്തന്മാരായ മഹാപുരുഷന്മാരുടെ സ്വാനുഭവം അതിൽ ന്യൂനാധിക്യഭാവങ്ങൾ ഇല്ല നൂറ് ശതമാനം ശരിയാണ് പറഞ്ഞത് എന്നാൽ അവർ ആ അടുത്ത വാചകവും ശരിയാണ് അവർ സമൂഹത്തിൽ പ്രവർത്തിച്ചാലും ഇല്ലെങ്കിലും നിജാനന്ദത്തിൽ വർദ്ധിക്കുന്നു നൂറ് ശതമാനം ശരിയാണ് ജീവൻമുക്തൻ എപ്പോഴും നിജാനന്ദത്തിൽ കഴിയുന്നവനാണ് എന്നാൽ മഹാത്മാക്കളായ ജീവൻ മുക്തന്മാരിൽ തന്നെയാണ് ചിലർ അഗ്രഗണ്യന്മാരായി അറിയും അത് വ്യവഹാരം അറിയപ്പെടുന്നു അത് വ്യവഹാരം ഈ അറിയപ്പെടൽ ആർക്കറിയപ്പെടുന്നു ജീവൻ മുക്തൻ അറിയപ്പെടുന്നുവോ അല്ല ബന്ധന്മാർക്ക് അറിയപ്പെടുന്നുവോ ബന്ധന്മാർക്ക് മുമ്പാകെ അറിയപ്പെടുന്നു സംസാരികൾക്ക് മുമ്പാകെ അറിയപ്പെടുന്നു ലൗകികന്മാർക്ക് മുമ്പാകെ അറിയപ്പെടുന്നു അല്ലാണ്ട് ജീവൻമുക്തൻ ജീവൻമുക്തനിൽ ഭേദം കൽപ്പിക്കുന്നില്ല ഭേദം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അവൻ ജീവൻമുക്തനല്ല വ്യാവഹാരിക തലത്തിൽ ഭേദമുണ്ട് വ്യവഹാരികളുടെ ദൃഷ്ടിയിൽ ഭേദമുണ്ട് അപ്പോൾ അതിന് കാരണം എന്ത് എന്തുകൊണ്ടാണോ ജീവൻമുക്തന്റെ വ്യവഹാര സിദ്ധി അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ജീവൻമുക്തന്റെ വ്യവഹാര സിദ്ധി പ്രാരംഭം കൊണ്ടാണ് ആ ജീവൻമുക്തിന് പ്രാരബ്ധമുണ്ടോ തീർച്ചയായിട്ടുമുണ്ട് ശരീരമുണ്ടെങ്കിൽ പ്രാരബ്ധമുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഈ ചോദ്യത്തിനാണ് മറുപടി പണ്ടുകണ്ട് പറഞ്ഞിട്ടുള്ളത് ആരബ്ധകർമ്മ നാനാത്വാത് ബുദ്ധാനാമന്യഥാന്യ വർത്തനം തേന ശാസ്ത്രാർത്ഥേ ഭ്രമവ്യം നണ്ഡിതൈ ഈ ചോദ്യത്തിനാണ് മറുപടി ഇങ്ങനെ ഈ കൊള്ളങ്ങോട്ട് ക്ഷേത്രത്തിൽ നിന്ന് ആരെങ്കിലും ചോദിക്കും എന്നുള്ളത് വിദ്യാരണ്യസ്വാമികൾക്കറിയാം അതുകൊണ്ട് പഞ്ചരക്ഷി എഴുതി വെച്ചിരിക്കുക ആരബ്ധകർമ്മ നാനാത്വം അത് പ്രാരബ്ധകർമ്മത്തിലുള്ള നാനാത്വം കൊണ്ട് പ്രാരബ്ധകർമ്മത്തിലുള്ള വ്യത്യാസം കൊണ്ട് ഇപ്പൊ വിജ്ഞാനികളായ ജീവൻമുക്തന്മാരായ മഹാപുരുഷന്മാരുടെയും പ്രാരബ്ധകർമ്മത്തിന് വ്യത്യാസമുണ്ട് അവർ കടന്നു വന്ന വഴിക്ക് വ്യത്യാസമുണ്ട് അവർ ജീവിച്ച സാഹചര്യത്തിന് വ്യത്യാസമുണ്ട് അവരിന്നലകളിൽ ചെയ്ത കർമ്മസഞ്ചയത്തിന് വ്യത്യാസമുണ്ട് ഒറ്റ വാക്ക് പറയാം വന്ന വഴിയിൽ തന്നെ വ്യത്യാസം ആരബ്ധകർമ്മാനാത്വാത് ബുദ്ധാനാം ജ്ഞാനികൾക്ക് അന്യഥ അന്യഥ ആവർത്തനം പല പ്രകാരത്തിലാണ് വർത്തനം ഒരാൾ വർത്തിക്കുന്നത് പോലെയല്ല വേറൊരാൾ വർത്തിക്കുന്നത് പല പ്രകാരത്തിലാണ് ഒരാളുടെ വ്യവഹാര ശൈലി തീർത്തും ഭിന്നമായിരിക്കും വേറൊരാളുടെ ഒരാൾ പൊതുവെ വ്യവഹാര രീതി അംഗീകരിക്കാതെ കഴിഞ്ഞു എന്ന് വരാം വേറൊരാൾ വ്യവഹാര രീതി അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് വരാം വ്യവഹാര രീതി അംഗീകരിച്ചാൽ തന്നെ ഭിന്നമായ രീതികളിലാവാം അതാണ് അന്യഥാന്യാവർത്തനം പല പ്രകാരത്തിലാണ് വർദ്ധിക്കുന്നത് ഓരോ ജ്ഞാനിയും തന്നെ േന ഇതിനെ കണ്ടിട്ട് ശാസ്ത്രാർത്ഥേ ശാസ്ത്രത്തിൻ്റെ പരമതാൽപര്യത്തിൽ ന ഭ്രമിതവ്യം പണ്ഡിതൈഹി പണ്ഡിതന്മാർ ഭ്രമിച്ചു പോകരുത് അത് വ്യവഹാര ഭേദമാണ് അത് ഉപദേശക്രമങ്ങൾക്ക് വ്യത്യാസമുണ്ടാവും ചിലർ കുട്ടികളെ പോലെ കഴിഞ്ഞവരും ചിലർ വിദ്വന്മാരെ പോലെ എഴുതുന്നവരും പറയാൻ പറ്റില്ല എങ്ങനെയാണ് ഇനി നമ്മൾ ഈ വിദ്വാൻമാര് ജീവൻ മുക്തന്മാരെന്ന് അറിയുന്നവരാണോ അപ്പൊ ജീവൻ മുക്തന്മാർ അത്രയുള്ള ജീവൻ മുക്തന്മാര് ഗൃഹസ്ഥന്മാരായിട്ട് കഴിയുന്നവരുണ്ടാവും ആരാലും അറിയപ്പെടാതെ കഴിയുന്നവരുണ്ടാവും എല്ലാവരും അറിയപ്പെട്ട് കഴിയുന്നവരുണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല അതെല്ലാം ഈ പ്രാരംഭത്തിന്റെ വ്യത്യാസം കൊണ്ട് മാത്രമാണ് വേറെ ജീവൻ മുക്തനാണെങ്കിലും ഇനി ജീവൻ മുക്തനായിട്ടില്ല ശാസ്ത്ര സ്വാധ്യായത്തിന്റെ അനുഷ്ഠാനത്തിന്റെ വിചാരത്തിന്റെ മാർഗത്തിൽ പുരോഗമിക്കുകയാണ് എന്നാൽ ശരി അവർ അല്ലാതെ പാരമാർത്ഥികമായ തത്വബോധത്തിന്റെ തലത്തിൽ വ്യത്യാസം കൽപ്പിക്കുന്നത് യുക്തം അല്ല ശ്രദ്ധിക്കുക അപ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ശാസ്ത്രങ്ങളിൽ പറയുന്ന വിദ്വത് വരിഷ്ഠൻ ബ്രഹ്മവിദ് വരിഷ്ഠൻ ബ്രഹ്മവിദ് വരിയൻ ബ്രഹ്മവിദ് വരൻ എന്നൊക്കെ പറയണവ ബ്രഹ്മവിത്ത് ബ്രഹ്മവിദ് വരൻ ബ്രഹ്മവിദ് വരിയൻ ബ്രഹ്മവിദ് വരിഷ്ഠൻ ഇതൊക്കെയോ ഏയ് അതൊന്നും എടുക്കേണ്ടേ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാവോ സ്വാമി ശാസ്ത്രവിരുദ്ധമായി പറയാൻ പറ്റോ വാസിഷ്ടത്ത് പറഞ്ഞിട്ടില്ലയേ വിദ്യാരണ്യ സ്വാമികളുടെ ജീവൻ മുക്തി പറഞ്ഞിട്ടില്ലേ വാൽമീകി മഹാഷി യോഗവാസി ഇഷ്ടത്തിൽ പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ സ്വാമി എന്താ എടുക്കണ്ട പറയണത് ആവർത്തിച്ച് പറയുന്നു ഒന്നും എടുക്കണ്ട അതെങ്ങനെയാ അത് വലിയൊരു ചർച്ചയാ എന്താ ചർച്ച ഒരു വലിയൊരു കിണറുണ്ട് ഈ കിണറിൻ്റെ ഈ കരയിൽ മറുകരയ്ക്ക് ചാടണം അപ്പോ ഒരാൾ ചാടി എത്ര ചാടി കാൽഭാഗം വേറൊരാള് ചാടി എത്ര ചാടി അരഭാഗം വേറൊരാൾ ചാടി എത്ര ചാടി മുക്കാൽ ഭാഗം വേറൊരാൾ ചാടി എത്ര ചാടി ഒരു ഭാഗം ഒറ്റ അള ചാടിയിട്ടു ബാക്കിയൊക്കെ ഉഴുതാവുക ഇപ്പൊ കിണറ് ചാടിക്കിടക്കുന്ന വിഷയത്തിൽ കാൽഭാഗം ചാടുക അരജ ഭാഗം ചാടുക മുക്കാൽ ഭാഗം ചാടുക എന്നുള്ളതില്ല ഒറ്റ ചാട്ടയുള്ളൂ അല്ലെങ്കിൽ വീണത് തന്നെ എന്തുകൊണ്ടെന്നാൽ അച്ഛേദ്യമാണത് അച്ഛേദ്യമായ വിഷയത്തെ സംബന്ധിച്ച ജ്ഞാനത്തിൽ ഛേദമില്ല ഞാൻ കുറച്ചറിഞ്ഞു ബ്രഹ്മത്തെ കുറച്ചറിഞ്ഞു ബ്രഹ്മത്തെ ഞാൻ മുക്കാൽ അറിഞ്ഞിട്ടുണ്ട് ഞാൻ മുക്കാൽ അറിഞ്ഞിട്ടുണ്ടല്ലേ നിന്നേക്കാൾ കേമന ഞാൻ ഒരു മുക്കാലിനേക്കാൾ കുറച്ചും കൂടി അധികം ഞാൻ ഇതൊന്നുമില്ല ഇതൊക്കെ അജ്ഞാനം തന്നെയാണ് പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണമായ സത്യത്തെ സംബന്ധിച്ച് പല ഗ്രേഡുകളിലുള്ള അറിവില്ല ഒന്നുകിൽ അറിഞ്ഞോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ല ഒന്നുകിൽ ചാടിക്കടന്നോ അല്ലെങ്കിൽ ഊണുകൾ അത്രയേ ഉള്ളൂ ഇതാ സത്യം അപ്പൊ സ്വാമി യവാസിഷ്ഠം തെറ്റെന്നാണോ സ്വാമി പറഞ്ഞത് വിന്വത് വരിഷ്ഠനായ വിദ്യാരംഗസ്വാമികൾ ജീവൻമുക്തി വിവേകകാരൻ തെറ്റെന്നാണോ സ്വാമി പറഞ്ഞത് ഇന്നും പറഞ്ഞിട്ടില്ല എന്നേ വേണ്ടാതി എന്നാലും പറയേണ്ട അതെല്ലാം ഈ പരമമായ ബ്രഹ്മനിഷ്ഠയിലേക്ക് ഉയരുന്നതിന് മുമ്പുള്ള അവസ്ഥയെ നിരൂപണം ചെയ്യുന്നതാകുന്നു അത്രയേ ഉള്ളൂ അല്ലാതെ ആര് പറഞ്ഞാലും നമ്മൾ സ്വീകരിക്കുകയില്ല വിദ്യാരണ്യസ്വാമികളല്ല സാക്ഷാത് ശങ്കരാചാര്യം വന്ന് പറഞ്ഞാലും സ്വീകരിക്കില്ല അപ്പോൾ വല്ലാത്തൊരു ധാർഷ്ട്യം തന്നെ കുറ്റം പറഞ്ഞാലും കുഴപ്പമില്ല സ്വീകരിക്കില്ല അത് ഈ അരചാടിയെ പോലെ കാല് ചാടിയെ പോലെ മുക്കാൽ ചാടിയ പോലെ അത്രയേ ഉള്ളൂ ചാടിക്കടന്നതൊന്ന് ചാടിക്കടന്നാർക്കറിയാൻ ചാടല ഒറ്റ ചാടലേ ഉള്ളൂ രണ്ട് ചാടലയില്ല അതുകൊണ്ട് ബ്രഹ്മവിത്ത് ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മമായി ഭവിച്ചു ബ്രഹ്മത്തിൽ ഭേദം പറഞ്ഞിട്ടില്ല ഭേദമുണ്ടെങ്കിൽ ബ്രഹ്മമല്ല അതുകൊണ്ട് ബ്രഹ്മവിദ് ബ്രഹ്മവിന്ദ് ഭവതി എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടില്ല ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി ബ്രഹ്മത്തിലാകട്ടെ ഏറ്റക്കുറച്ചിൽ ഇല്ല മറ്റതെല്ലാം ഗുരുവിൽ നിന്ന് തത്വം ശ്രമിച്ചു ദൃഢബോധം വന്നു എന്നാലും ഉണ്ട് ശങ്കവാക്കി ദൃഢമായ സംശയരഹിതമായ ഗുരു ശാസ്ത്ര സ്വപ്രത്യങ്ങളുടെ ഏകീഭവനം സംഭവിച്ച ഒരു വിജ്ഞാനിയെ സംബന്ധിച്ചവിടെ േദമില്ല ആ തലത്തിൽ പിന്നെ വ്യത്യാസവും ഇല്ല ഇതാ സത്യം അതുകൊണ്ട് ശാസ്ത്രപ്രക്രിയകളില് ബ്രഹ്മവിത്തും ബ്രഹ്മവിദ് വരനും ബ്രഹ്മവിദ് വരീയനും അതിനേക്കാൾ മുകളിൽ ബ്രഹ്മവിദ് വരിഷ്ഠനും ഈ നാല് ഗ്രേഡ് ഉണ്ടായിക്കോട്ടെ ശാസ്ത്രചർച്ചയിൽ ശാസ്ത്രചർച്ച എവിടെ പര്യവസാനിക്കുന്നോ അവിടെ ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി അവിടെ വരനുമില്ല വലിയനുമില്ല വരിഷ്ഠനുമില്ല ഒന്നേ ഉള്ളൂ അതിനെന്ത് പേര് വിളിച്ചാലുള്ളൂ ഇല്ല ഇതാണ് സത്യം ശരി ബാക്കി നമുക്ക് കൃത്യസമയത്തിന് തുടരാം ഓ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ േ നമ